പാരിലാരും പാടിടാത്ത പാട്ടു നമ്മൾ പാടും പാരിലാരും പാടിടാത്ത പാട്ടു നമ്മൾ പാടും പാരിലാരും ചൂടിടാത്തവാടമൊഴി ചൂടും വരിലാരും ചൂടിടാത്തവാഴമൊഴി ചൂടും ജീവന്റെ നാഥനായി ക്ലാഗം സഹിച്ചതാ സ്നേഹമണവാളനോട് സിയോൻപൊരേവാഴും സിയോൻപൊരേവാഴും പ്രത്യാശയോടിലാ ഭരം ഗുണരുന്നേ വന്നൊരിക്കും പൊന്നുഷസ് ഓർക്കും തോരും രമ്യം നയിക്കുകയാണ് കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മ ഈ വലിയൊരു പ്രത്യാശയിലേക്ക് സിയോൻപുരയെ വാഴുന്നതായ പുതിയ യറൂസലേമിൽ വാഴുന്നതായ പുതിയ ആകാശഭൂമിയിൽ വാഴുന്നതായ അവിടെ ഭരിക്കുന്നവരായ തേജോമയന്മാരായ ദൂതന്മാരുടെ ജീവിക്കുന്നവരായ പരിശുദ്ധന്മാരായ എല്ലാ സഹോദയന്മാരുടെയും പുണ്യവാന്മാരുടെയും ദിവ്യന്മാരുടെയും പ്രവാചകന്മാരുടെയും അപ്പോസന്മാരുടെയും എല്ലാം കൂടെ ജീവിക്കുന്നവരായ ഏറ്റവും പുതിയ കർത്താവായ യേശുക്രിസ്തുവിന്റെ കോടെ വസിക്കുന്നവരായ ഒരു ഭാഗ്യ സമൂഹമാകാൻ അതിനാണ് കർത്താവ് നമ്മെ വിളിച്ചുകൂട്ടി ഇവിടെ ഇരുത്തി ദൈവത്തിന്റെ തിരുവചനം നമ്മെ നിരന്തരം കേൾപ്പിക്കുന്നത് ഇതനുഭവിക്കുന്ന അനേകം ദൈവമക്കളാണ് ഇന്നും ഇന്നലെയും എല്ലാമായിട്ട് സാക്ഷ്യം പറഞ്ഞത് അനുഭവിക്കുന്നത് യുവമക്കൾ അനേകം പേരും വേറെ ഉണ്ട് എനിക്കറിയാം അനുഭവിക്കുന്നവര് ഈ യഥാർത്ഥമായ ആ സന്തോഷത്തിന്റെ ലഹരിയിലിരിക്കുന്നവരനേകരോട് ഇരിപ്പുണ്ട് എല്ലാവരെയും എഴുന്നേൽപ്പിക്കാൻ പറ്റുന്നില്ല എഴുന്നേൽപ്പിക്കേണ്ടതായിരുന്നു അറിയാം എല്ലാവരെയും എഴുന്നേൽപ്പിച്ചാൽ തീ പാറുമെന്നറിയാം പക്ഷേ നമുക്കതിനുള്ള സൌകര്യങ്ങൾ അത്ര തന്നെ ഇല്ല ഒരു എന്താ ക്ലിപ്തമായ ഒരു ഒരു പരിമിതമായ സമയമല്ലേ നമുക്കുള്ളൂ അതുകൊണ്ട് സമയം കൊണ്ട് ഇതിൽ കൂടുതൽ പേര് എഴുന്നേൽപ്പിക്കാൻ പറ്റുന്നില്ല പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു എന്ന് ചിലരെ കൂടി ഇന്ന് ഒന്ന് എഴുന്നേൽപ്പിച്ച് നിങ്ങളുടെ മുമ്പിൽ നിർത്തണമെന്ന് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം ബഹുത്വപ്പെടട്ടെ ഇവിടെ പ്രിയപ്പെട്ട ജോബിയും ജോണും ഒക്കെ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഈ അല്പത്വത്തിൽ നിന്ന് ദൈവം ബൊക്കിയെടുക്കുമെന്ന് ഈ അല്പത്വത്തിൽ നിന്ന് ബൊക്കിയെടുത്തു കർത്താവ് ഇന്ന് വളർത്തി ഉയർത്തിയിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനോട് എരിപ്പുണ്ട് ബിജോയ് ഒന്ന് കയറി വരണം സ്തോത്രം കഴിഞ്ഞ ദിവസം ഡോക്ടർ ജോർജിക്കന് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ എന്നോട് പറഞ്ഞു ബിജോയ് എന്ന് പറയുന്ന ഒരാള് ഇപ്പോൾ നിങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഒരു സീനിയർ മാനേജരാണ് എന്ന് പറഞ്ഞു ദൈവത്തിന്റെ സ്തോത്രം അപ്പൊ ആ മിസസ് ഡോക്ടർ ജോർജിക്കാൻ പറഞ്ഞു പറഞ്ഞത് എങ്ങനെയാണ് ഏറ്റവും വിശ്വസ്തനായ ഒരു യുവാവാണ് പറഞ്ഞതാണ് ഏറ്റവും വിശ്വസ്തനായ ഒരു യുവാവാണ് അഥവാ ഞാൻ അപ്പൊ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഒരു വാക്യം വന്നത് അല്പത്തിൽ വിശ്വസ്തനായവനെ ആധികത്തിലേക്ക് നടത്തും ഇന്ന് കമ്പനിയുടെ ഓൾ ഇന്ത്യ സെയിൽസിന്റെ ജനറൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ് നിസ്സാര കാര്യമല്ല വലിയൊരു വലിയൊരു പദവിയാണ് വലിയൊരു ശമ്പളവുമാണ് ദൈവത്തിന്റെ സ്തോത്രം ബിജോയ് രണ്ടു വാക്ക് പറയണം പെട്ടെന്ന് ഞാന് ഇവിടെ ഓർക്കുകയായിരുന്നു ഇവിടെ ഓരോ സാക്ഷ്യം പറയുന്ന ഓരോ മക്കളെ കുറിച്ച് നോക്ക് അവർ പറയുന്നത് കേൾക്കുമ്പോൾ ദൈവമെ ഇവരുടെ അത്രപോലും നന്മ എനിക്കില്ലല്ലോ ഇത്രത്തോളം പോലും പറയാൻ എനിക്ക് യോഗ്യത ഇല്ലല്ലോ എന്ന് ഞാൻ ദൈവസന്നധിയിൽ ഓർത്തു ഞാൻ ഈ കാലങ്ങളിലായിട്ട് ഞാൻ അനു അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം ഒരു മാസം മുമ്പ് ഞാൻ ഈ ദേവദാസന്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം എങ്ങനെ ആത്മാവിൽ നിറഞ്ഞ് പറഞ്ഞൊരു കാര്യം അദ്ദേഹം ഇപ്രകാരമാണ് പറഞ്ഞത് ഞാൻ ഓരോ ദിവസവും ദൈവസന്നദിയില് ദൈവ ആത്മാവിൽ നിറഞ്ഞ് ദൈവസ്നേഹത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ആ അനുഭവത്തിൽ നിൽക്കുമ്പോൾ ഞാൻ ഓർക്കെയാണ് ഞാൻ താമസിച്ചു പോയല്ലോ എന്ന് ഞാനും ഈ ഇന്ന് ഇവിടെ വന്ന് ഇരുന്ന സമയത്ത് ഞാൻ ഓർത്തു പതിനേഴാമത്തെ വയസ്സിൽ ഞാൻ ഈ കൺവെൻഷൻ പന്തൽ വെച്ചാണ് ജീവിതം എന്റെ ക്രിസ്തുവിന് കൊടുത്തത് അന്നൊരു മെയ് ഫസ്റ്റ് ആയിരുന്നു ഞാൻ എന്റെ ജീവിതം ക്രിസ്തുവിന് കൊടുത്തപ്പോൾ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് പ്രിയമുള്ളവരെ അതിനു മുമ്പും പിമ്പുമുള്ള ജീവിതം എനിക്ക് നോക്കിയാൽ ഇരുവും പകലും പോലുള്ള മാറ്റമാണ് അന്ന് ഞാൻ ഓരോ ഞാൻ ഓർക്കുന്നുണ്ട് വാടക വീട്ടിൽ നിന്ന് വാടക വീടുകളിലേക്ക് ഓരോ വർഷവും മാറി താമസിക്കും കാരണം സൗകര്യം കൂടുതൽ കിട്ടുവാൻ വേണ്ടിയിട്ടല്ല സൗകര്യം ഇല്ലാത്ത വീടുകളിലേക്ക് എന്ന് പറഞ്ഞാൽ വാടക കൂടുതൽ കൊടുക്കുവാൻ സാധിക്കാത്തതുകൊണ്ട് മാറി മാറി താമസിച്ച ഒരു പഴയ കാലം ഞങ്ങൾക്കുണ്ട് മാത്രമല്ല ഓരോ ദിവസം ഓരോ ആഴ്ചയിലും റേഷൻ കടയിൽ പോയി അരി വാങ്ങിക്കുന്നത് ഞാനായിരുന്നു അഞ്ചു കിലോ തികച്ചു വാങ്ങിക്കാൻ സാധിക്കുമായിരുന്നില്ല മൂന്ന് കിലോയും നാല് കിലോയും ഒക്കെ വാങ്ങിച്ചുകൊണ്ടുവരും പിന്നത്തെ ആഴ്ചയിൽ പോയി ബാക്കി വാങ്ങിക്കും ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ എനിക്കറിയാം വീട് വെച്ചതിന് ശേഷം ഉണ്ടായിരുന്ന കടങ്ങൾ എല്ലാം തീർക്കുവാൻ ദൈവം കൃപ തന്നു ഞാൻ ഓരോ കൺവെൻഷൻ വരുമ്പോഴും ഞാൻ ഓർക്കും കർത്താവെ ഒന്ന് ശരിക്കൊന്ന് ഈ കൺവെൻഷന് വേണ്ടി കൊടുക്കുവാനായിട്ട് അധികം ക്യാഷ് ഇല്ലല്ലോ എന്ന് ഈ പ്രാവശ്യം മനസ്സറിഞ്ഞു കൊടുക്കുവാൻ ദൈവം ഞങ്ങളെ കുടുംബമായി അനുഗ്രഹിച്ചു മാത്രമല്ല ഓരോ ദിവസവും ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിലേക്ക് കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു ഈ വഴിയൊക്കെ എനിക്ക് നല്ല പരിചയം കാരണം ഇരുപത് ഇരുപത്തിരഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഇവിടെ ഇരിക്കുന്ന സാറും ആൻഡ് അങ്കിളാണ് എന്റെ മാതാവും സഹോദരങ്ങളും ഒക്കെ സ്കൂൾ വിട്ടു വന്നു കഴിഞ്ഞ് നടന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം നടന്ന് അന്ന് വ്യാഴാഴ്ചയായിരുന്നു അന്ന് യോഗം ഉണ്ടായിരുന്ന നടന്നു വന്ന് വചനം കേട്ട് തിരിച്ചുപോകും അതൊന്നും നഷ്ടമായി തീർന്നില്ല ഇന്ന് കാർ ഓടിച്ച് പോകുമ്പോഴൊക്കെ എനിക്ക് ആ വഴി കൂടി പോകുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു ആ അന്ന് എല്ലാവരും അപവാദം പറഞ്ഞു എന്തിനാണ് ഇത്ര ദൂരം വന്ന് ഈ വചനം കേൾക്കുന്നതെന്ന് പറഞ്ഞു ഒന്നും നഷ്ടമായി തീർന്നില്ല പടിപടിയായി എന്റെ കർത്താവ് ഉയർത്തി പ്രിയമുള്ളവരെ ഒരു കാര്യം മാത്രമേ എനിക്ക് ഇന്ന് പറയാനുള്ളൂ എന്റെ പ്രത്യാശയാണ് ഓരോ ദിവസവും ദൈവം എനിക്ക് തരുന്ന പ്രത്യാശയാണ് എന്റെ കർത്താവ് എന്നെ പേരെടുത്ത് വിളിക്കും ഓമനെ പേര് ചൊല്ലി അവൻ എന്നെ വിളിക്കും അന്ന് ഞാൻ പ്രകാശ വേഗത്തിലും അധികം അതിനേക്കാൾ സ്പീഡില് എന്റെ കർത്താവിന്റെ സേനയിലേക്ക് ഞാൻ പറന്നുപോകും അതേ വാനമേഘങ്ങൾ എനിക്ക് വേണ്ടി വഴി മാറിത്തരും സൂര്യചന്ദ്രഗോളങ്ങളെല്ലാം അവരുടെ ഭ്രമണപഥത്തിൽ അല്പനേരം നിൽക്കും കാരണം ക്രിസ്തു മകുടോദാഹരണമായ അവന്റെ സൃഷ്ടിയിൽ ഒരു മനുഷ്യനെ പേർ ജൊല്ലി വിളിക്കുമ്പോൾ അക്കരെ ദേശത്തേക്ക് പറന്നില്ലെന്ന ആ സമയം സൃഷ്ടിഗണങ്ങളായി ഈ സൂര്യചന്ദ്രന്മാരെല്ലാം മാറി നിൽക്കും ഞാൻ അവന്റെ സന്നിധിയിലെത്തും അവന്റെ സന്നിധിയിൽ ഞാൻ യോഗായുഗം വാഴും അതിനായി എന്നെ ഓരോ ദിവസവും ഒരുക്കിക്കൊണ്ടിരിക്കുന്നു അവന്റെ തീരത്വത്തിൽ അവൻ എന്നെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ പ്രത്യാശയാണ് മാത്രം ദൈവത്തിന്റെ വലിയ സ്തോത്രം ഈ ബാധമാറ്റുന്ന ക്രിസ്തുവിനെ ഞാൻ കേൾക്കുന്നത് കൂലിത്തല്ലിന്റെ ബാധ മാറി കിട്ടിയവരിവിടെ ഇരിപ്പുണ്ട് കൂലിത്തല്ല് കാരണം വേറെ തൊഴിലില്ല ജീവിക്കുകയും ചെയ്യണം ഒരു അരമണിക്കൂർ നേരത്തേക്ക് കൂടെ പോയാ മതി ജീപ്പില് കൂടെ പോയാ മതി അനീഷുണ്ടോ അവിടെ കാണാ അനീഷ് തന്നെ കൂടെ പോയാ മതി ഈ കൂടെയങ്ങ് അവര് കൊണ്ടുപോകുന്നിടത്തേക്ക് പോകണം ജീപ്പില് വേറെ കഷ്ടപ്പാടൊന്നുമില്ല ആയുധമൊക്കെ അവര് തരും ഈ തല്ലാരും കൊല്ലാനും നടക്കുക എന്ന് പറയുന്ന ഒരു ഒരു രസമായിരുന്നു അക്കാലത്ത് അനീഷ് ഈ കരിമോളിലെ കാർബൺ ബ്ലാക്കിലെ കാർബൺ ബ്ലാക്കിലെ ആരെയാ അവിടുത്തെ സെക്രട്ടറി അവിടെ വാച്ച്മാനായിട്ട് നിന്നയാളെ അനീഷും കൂട്ടരും കൂടെ തല്ലി വീഴ്ചതാണ് അനീഷ് പറഞ്ഞ അനീഷ് കൂലി തല്ലിന് പോയ കാര്യങ്ങള് ചുരുക്കമായിട്ട് ഒന്ന് മിനിറ്റ് വേണം എനിക്ക് കൺസ്ട്രക്ഷൻ ഫീൽഡ് വെൽഡിംഗ് ആണ് ജോലി ഞാൻ ഓർക്കുന്നു ഞാൻ സ്വന്തമായി തന്നെ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു കരിമൂളിൽ എന്ന് പറഞ്ഞ ഒരു വലിയൊരു കോളനി ഉണ്ട് അവരേറെ കൂട്ടുകാർ എനിക്കുണ്ടായിരുന്നു എന്തിനും ഏതിനും ചങ്കൂറ്റമുള്ള അനേകം കൂട്ടുകാർ എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു എനിക്ക് ആരെയും എന്ത് ചെയ്യുന്നതിനും ഒരു ഭയവുമില്ലായിരുന്ന കാലം ഉണ്ടായിരുന്നു എന്റെ ഭവനത്തിൽ ഞാൻ ഒത്തിരി ഏറെ ആയുധങ്ങൾ സംഭരിച്ചു വെച്ചൊരു കാലം ഉണ്ടായിരുന്നു അതേപോലെ ഞാൻ ഓർക്കുന്നു പെസഹാകുമ്പസാരം കഴിഞ്ഞ് ഒരു അരമണിക്കൂർ പോലും കഴിയാതെ കൂലിക്ക് തല്ലുവാൻ പോയൊരു കാലം ഉണ്ടായിരുന്നു എന്റെ സാറ് പറഞ്ഞ പോലെ ഞാൻ ഓർക്കുന്നു കരിമോൾ ജംഗ്ഷനിൽ വെച്ച് സെക്യൂരിറ്റിക്ക് എന്നെക്കാളും വലിയ പ്രായമുള്ള സെക്യൂരിറ്റിക്കാരനെയെല്ലാം തല്ലി തകർത്തൊരു കാലവും എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു ആർക്കും വകവയ്ക്കാത്തൊരു കാലം പാവപ്പെട്ട എന്റെ മാതാവും എന്റെ സഹോദരങ്ങളും എന്റെ അയൽക്കാരെല്ലാം എന്നെ കൊണ്ട് പൊരുതിപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു എങ്കിലും എന്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ യേശുക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത വചനം കേൾപ്പാൻ സ്വർഗത്തിലതെയും എനിക്ക് ും ഭാഗ്യം എന്റെ ദൈവത്തിന്റെ സ്തോത്രം നല്ലവനായ യേശുവിന്റെ പരിശുദ്ധാൻമാവ് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന ഈ കൂട്ടായ്മയിൽ വന്ന് വചനം കേൾപ്പാനും ഈ കർത്താവായ യേശുക്രിസ്വിന്റെ പരിശുദ്ധാൻമാവിനെ വിശ്വസിപ്പിനും അനുസരിപ്പാനും കീഴ്പ്പെടുവാനും യേശുക്രിസ്തു എനിക്ക് ഭാഗ്യം നിന്നു നല്ലവനായ യേശു എന്റെ സ്വഭാവം മാറ്റി ഒരു നാൾ വടിവാൾ പിടിച്ചു നല്ലവനായ യേശുക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത വചനം പിടിച്ചുകൊണ്ട് യേശുക്രിസ്തു ജീവിക്കുന്ന സാക്ഷിപ്പാൻ ദേശത്തും അതേപോലെ ഭവനത്തിലും യേശുക്രി സാക്ഷ്യമുള്ള മോനായി ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഭാഗ്യം എന്റെ സ്തോത്രം ഇനിയുള്ള ആയിസ് എന്റെ യേശുക്രി സുവിശേഷത്തിനും ഉയർച്ചയ്ക്കുമായി ജീവിപ്പാൻ എന്നെ താൻ ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് ബാധകമാറ്റുന്ന ക്രിസ്തു ഈ മദ്യപാനത്തിന്റെ ഭാഗം അറിയവരും മദ്യപാനത്തിന്റെ ഭാഗം അറിയവരെ ഒന്ന് രണ്ടു പേരെയൊന്ന് ഇവിടെ ജസ്റ്റ് കാണിച്ചു തരാം നമ്മുടെ തട്ടാറ് പൗലൂസ് എന്ന് പറയാമോ പൗലൂസ് കുടിച്ച് ലെക്കില്ലാതെ നടന്ന മനുഷ്യനാണ് നല്ല ഡ്രൈവറാണ് സിന്തൈക്ക് ഇൻഡസ്ട്രീസിലെ അവിടുത്തെ കമ്പനിയുടെ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തയാളാണ് റിട്ടയർ ചെയ്തു അതിനൊക്കെ എത്രയോ മുമ്പ് കുടി നിർത്തി മദ്യപാനം നിർത്തി കുടിച്ചു വന്നാൽ പരാക്രമം മുഴുവൻ കാണിക്കുന്ന സ്വന്തം ഭാര്യയോടാണ് ഭാര്യയെ കഠിനമായി മർദ്ദിക്കും അത് വലിയ തെറ്റായിട്ടൊന്നും ചിന്തിച്ചിട്ടുമില്ല കാരണം സുബോധമില്ല ഭാര്യയെ മർദ്ദിക്കും ഒരവസരത്തിൽ പോലീസ് പറഞ്ഞതാ പോലീസ് പറയുന്നത് നീയൊന്ന് ചത്തുകിട്ടിയാൽ മതിയായിരുന്നു എന്ന് പോലൂസിന്റെ വീടോലൂസിന്റെ സഹോദരങ്ങളെല്ലാം മരിച്ചു പോയൊരു വീട് ഒന്നൊന്നായി മരിച്ചു തീർന്ന വീട് രണ്ടു ഭാഗം പറയാം ദൈവത്തിന്റെ സ്തോത്രം മദ്യപിച്ച സ്വബോധമില്ലാതെ മദ്യപിച്ചു സ്വഭാവമില്ലാതെ പെരുപടിയിൽ കിടന്നൊരു വ്യക്തിയാണ് ഞാൻ അവിടെ നിന്നാണ് ദൈവം എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു ഈ ജീവന്റെ വചനത്തിന് മുമ്പിലേക്ക് ആയിരത്തി എമ്പത്തിയഞ്ചിൽ ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് എന്റെ ദൈവം എന്നെ കൊണ്ടുവന്നു അത് പെരുപടിയിൽ നിന്നാണ് എടുത്തുകൊണ്ടു വന്നത് അങ്ങനെ ഞാൻ ഈ കൂട്ടായ്മയിൽ വന്നത് ഈ ജീവന്റെ മാറ്റമില്ലാത്ത വചനം കേട്ടപ്പോൾ അന്ന് തന്നെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്റെ മദ്യപാന ബന്ധനം എന്നിൽ നിന്നേക്കുമായി നീക്കിത്തന്നു അതുപോലെ വെറുക്കൂത്തുകളും അഴുക്ക് ജീവിതങ്ങളും പുറത്തുപറയുന്ന അറക്കത്തക്കതായ എല്ലാ അശുദ്ധിയും എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു മാത്രമല്ല ഞാൻ മദ്യപിച്ചു തന്നെ എന്റെ ഭാര്യയെ ഞാൻ തല്ലുമായിരുന്നു ഒരിക്കൽ തോർത്തിട്ട് കഴുത്തിന് ചുറ്റിപ്പിടിച്ച് എന്റെ ഭാര്യയെ കണ്ണുഴിച്ച് ഞാൻ ഇന്ന് ഒരു ദിവസം ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞ് നീ എങ്ങനെയെങ്കിലും എന്റെ ജീവിതത്തിൽ നിന്ന് കിട്ടിയെങ്കിൽ ഞാൻ എനിക്ക് വേറൊരു വിവാഹം കഴിക്കാമായിരുന്നു അത്രമാത്രം ദുഷ്ടകൃതനായി ദൈവമില്ലാത്തവനായി സ്വബോധം കെട്ടവനായി ഒരു ബാധക്കൊള്ളവനായിട്ടും നടന്നൊരു വ്യക്തിയാണ് എങ്കിൽ എന്റെ കർത്താവായ യേശു കൃത്യു എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ എന്റെ സകല ബന്ധനങ്ങളും ബാധകളും മാറ്റി മദ്യപാന ബന്ധനം അതുപോലെ സകല അഴുക്കും മാറ്റി ഇന്നെന്റെ ഭാര്യയും ഞാൻ എന്റെ കുഞ്ഞുങ്ങളും മാതാപിതാക്കളും വളരെ സമാധാനത്തോടും സ്നേഹത്തോടും കൂടെ ജീവിക്കാൻ ദൈവം കൃപ തന്നു ഇന്ന് ഒന്നുമില്ലായ്മയിൽ എന്റെ ദൈവം ഉയർത്തി ഞാൻ ഒരു നേരത്തെ ആകാരത്തിനും ഒരു നല്ല വസ്ത്രത്തിനും എന്റെ ബാല്യകാലത്ത് കൊതിച്ചിട്ടുണ്ട് അതുപോലെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ബന്ധനമായിരുന്നു ആ അനാഥത്വം ഇനി ഞാൻ ഏകനാണല്ലോ എനിക്ക് ആരും ോ സ്വർഗത്തിലെ ദൈവം എനിക്ക് അനേക സഹോദരങ്ങളെയും ദൈവമക്കളെയും എനിക്ക് തന്നു എന്റെ അനാഥത്വം മാറ്റി തന്നു എന്റെ ഔർഷ്ണബോധം മാറ്റി നിരാശ മാറ്റി തന്നു എന്റെ ജീവിതത്തിൽ വലിയൊരു പ്രത്യാശ തന്നു ഒരു ദിവസം ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ എന്റെ കർത്താവിന്റെ സന്നദ്ധിയിൽ എത്തുന്നു എന്നുള്ള എന്റെ കർത്താവിനോട് എത്തിക്കുന്നുള്ള വലിയൊരു ഭാഗ്യം തന്നു ഇനിയുള്ള എന്റെ സൃഷ്ടായുസ് മുഴുവനും ഈ കൂട്ടായ്മയിൽ ഈ ദൈവത്തിന്റെ മക്കളോടും ചേർന്ന് എന്റെ ആയുസ് ജലവഴിക്ക് ഞാൻ ഒരിക്കൽ കൂടി എന്റെ ജീവിതം കർത്താവിന്റെ കരങ്ങളിലേക്ക് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ സ്തോത്രം മദ്യപാനത്തിന്റെ ഭയാനകമായ ബാധയില് എല്ലാം നശിപ്പിച്ചു കളഞ്ഞൊരാളിപ്പുണ്ട് എല്ലാം നശിപ്പിച്ചു ഞങ്ങള് ആദ്യം ആ വീട്ടിൽ ചെല്ലുമ്പോഴ് ഇടക്കാട്ടുവേലിൽ ഒറീസിന്റെ വീട്ടിൽ ചെല്ലുമ്പോഴ് ആ വീട് ഒന്ന് മെഴുകിയതുപോലെ വൃത്തിയായിട്ടല്ല എത്ര ദയനീയമാണ് ഞാൻ ഓർത്തു ഒറീസിന് ഈ ഇങ്കടായ കൊടുക്കുന്ന രീതിയിലുള്ള ശമ്പളം ഉണ്ട് വേണ്ടി വീട് ഇങ്ങനെ കിടക്കുന്നില്ല എനിക്കാൻ തോന്നി ഒറീസ് ഉണ്ടോ അവിടെ എങ്ങനെ റീസഅ അത് മറ്റേ എവിടെങ്കിലും മറ്റേ നമ്മുടെ ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണോ റീസ് എവിടെയാണ് ഉണ്ടോ അവിടെ ഡ്യൂട്ടിരിക്കണം ആ വരണം അവിടെ പല ഡ്യൂട്ടി ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന ഒന്ന് റീസാണ് ദൈവത്തിന് സ്തോത്രം ഈ വേറൊരാളോടെ ഉണ്ട് മദ്യപിച്ച് ശേഷം ദുഃഖ വെള്ളിയാഴ്ച മറ്റേ ബാറിൽ പോയി മദ്യപിച്ചതിന് ശേഷം കരിങ്ങാസര പള്ളിയിൽ പോയി ുഖവെള്ളിയാഴ്ച ചൊറുക്ക കുടിച്ചവര് കൈപ്പ് കുടിച്ച കുടിച്ചവര് പുള്ളി ദൈവദിന സ്തോത്രം ബിജി ഒന്നും കൂടെ നീങ്ങി വന്നിരുന്നാൽ കൊള്ളാം എന്റെ ദൈവദിനോത്രം പറഞ്ഞു ചുരുക്ക ദൈവ ദിനാമത്തിന് പുറത്തു കൊണ്ടാകട്ടെ പ്രിയപ്പെട്ടവര് ആറു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ കൂട്ടായ്മയിൽ കടന്നു വരുമ്പോൾ എല്ലാം കുടിച്ച് നശിപ്പിച്ച് എന്റെ കുടുംബങ്ങളെല്ലാം നശിപ്പിച്ച് തകർന്നവനായിട്ടാണ് ഞാൻ കടന്നു വന്നത് എന്നാൽ എന്റെ ജീവിതത്തെ എന്റെ നഷ്ടസൌഭാഗങ്ങളെ തിരികെത്തുന്നത് നല്ലവരായ ക്രിസ്തു എനിക്ക് രാവിലെ ഞാൻ ഏഴരയ്ക്കെ ഞാൻ മദ്യപിക്കുമായിരുന്നു ഇല്ലെങ്കിൽ എന്റെ കൈകളെല്ലാം വിറയ്ക്കുമായിരുന്നു പ്രിയപ്പെട്ടവരെ എന്നാൽ നിങ്ങളോട് പറയട്ടെ ആദ്യത്തെ ദിവസം വചനം കെട്ടപ്പോൾ തന്നെ എന്റെ ജീവിതത്തിൽ നിന്നും മദ്യപാനവും അതുപോലെ എന്റെ എല്ലാ എന്റെ ജീവിതത്തിലുള്ള പാവങ്ങളും എന്റെ കർത്താവ് മാറ്റി തന്നു സമാധാനത്തോടെ സന്തോഷത്തോടെ എല്ലാം നഷ്ടപ്പെടുത്തിയവനായിരുന്നു എല്ലാം ഇന്ന് തിരികെ തന്നു പറഞ്ഞു നല്ല ഭവനമെല്ലാം പണിയുവാനും ഇന്ന് കർത്താവിന് വേണ്ടി ജീവിക്കുന്നതിനു വേണ്ടി സമ്പൂർണമായി സമർപ്പിക്കുവാനും എല്ലാം കൃപ തന്നു കടത്തോളം അവന്റെ സാക്ഷിയായി എനിക്ക് ജീവിക്കണം ജീവിത നാമത്തിന് മുഖത്തുകൊണ്ടാണ് പുതിയ വീടുണ്ടല്ലോ ഞാൻ പോയിരുന്നു അതിമനോഹരം വളരെ മനോഹരം എല്ലാ മുറിയിലും ഞാൻ കരഞ്ഞുകൊണ്ട് നടന്നു ഓരോ മുറിയിൽ കൂടെയും കാരണം ജീവനുള്ള ദൈവം മനുഷ്യൻ രൂപാന്തരപ്പെടുത്തുമ്പോൾ കിട്ടുന്ന അത്ഭുതങ്ങൾ സ്തോത്രം ഈ ബിജു ഉണ്ടല്ലോ ബിജു കരിയാച്ചിറപ്പള്ളി ഇടവക്കാരനാണ് ബിജു ദുഃഖ വെള്ളിയാഴ്ച ഷാപ്പ് മദ്യഷാപ്പിൽ ബാറിൽ കയറി കുടിച്ചതിന് ശേഷം പോയി ഈ ദുഃഖ വെള്ളിയാഴ്ച പോയി വളരെ ഭയഭോക്തി കുറവ് മറ്റേ സ്ലീവമൊത്തിയതിനുശേഷം വളരെ ഭയത്തോട് തന്നെ പിന്നെ അതിന്റെ രസമതല്ല ഈ ബിജു അത് കേട്ടപ്പോഴേ ഞാനൊന്നും ഞെട്ടിപ്പോയി ഈ തീർത്ഥയാത്ര പോകുന്നതിലൊക്കെ നിലവാരം ബിജു തീർത്ഥയാത്രക്ക് പോയി കോതമംഗലത്തേക്ക് നടന്നാ പോക്ക് പക്ഷെ പോകുന്ന വഴിക്ക് നടന്ന ബൈക്കിലോ പോകുന്ന വഴിക്ക് മൂന്നോ നാലോ ഷാപ്പിൽ കയറി കുടിച്ചാ പോകുന്നത് ഇത് വളരെ നല്ല നല്ല ഉശിരോടു കൂടിയാ പോക്ക് തീർത്ഥയാത്ര എന്റെ ബാധകൾ മാറ്റിത്തന്ന കർത്താവ് ഒരു ഭൂതകരിസ്തനായി ജീവിച്ചിരുന്ന എനിക്ക് അഴുക്കിന്റെ ആറാടി നടന്ന എന്റെ കർത്താവ് സ്വബോധം തന്നു എന്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ഈ കൂട്ടായ്മയിൽ വന്ന് ദൈവത്തിന്റെ ജീവൻ രോചനം കേട്ടപ്പോൾ ഞാനൊരു തീരുമാനം പറഞ്ഞു അതുവരെ അഴുക്കിലാറാടി നടന്ന് ഞാന് അശുദ്ധിയിൽ ആറാടി നടന്ന് ഞാൻ പാരമ്പര്യമായി അനേകം ബാധകളുണ്ടായിരുന്ന എന്റെ ഭവനത്തിൽ നിന്ന് ശാപങ്ങളെ മാറ്റി എന്റെ ഭവനത്തിലെ വ്യഭിചാരത്തിന്റെയും എന്റെ ഭവനത്തിലെ ആഭിചാരത്തിന്റെയും എന്റെ ഭവനത്തിലെ മധ്യഭവനത്തിന്റെയും എന്റെ ഭവനത്തിലെ ശാപത്തിൽ നിന്ന് കർത്താവിനെ വിടുവിച്ചു നന്ദിയോടെ സ്ത്രോത്രം ഇന്ന് ഇന്ത്യ ഒട്ടാകെ ഉള്ള ഒരു കമ്പനിയുടെ സെയിൽസ് മാനേജറായിട്ട് ജനറൽ മാനേജറായിട്ട് ബിജു വർക്ക് ചെയ്യുകയാണ് എക്യുപ്മെന്റ്സ് ഡിവിഷനിലെ ജനറൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ് ദൈവത്തിന് സ്തോത്രം ഓ ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന് വലിയ നമ്മൾ മുഹത്ത്പ്പെടട്ടെ ഞാൻ ഒരാശയുണ്ട് ഈ ഭർത്താവുമായി പിരിഞ്ഞ് മൂന്ന് മൂന്നര വർഷം താമസിച്ച ശേഷം വീണ്ടും ഒന്നിച്ച് ജീവിക്കുന്ന അന്നമ്മ വന്നിട്ടുണ്ടോ കോട്ടയത്തുനിന്ന് അന്നമ്മ വന്നിട്ടുണ്ടോ കോട്ടയത്തുനിന്ന് അന്നമ്മ വന്നിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ സ്തോത്രം ഭർത്താവുമായിട്ട് പിരിഞ്ഞ് മൂന്ന് വർഷത്തോളം ജീവിച്ചു എന്നാൽ ഭർത്താവിന്റെ വചനം കേൾക്കാൻ വന്നു വ്യത്യാസം വന്നു വന്നിട്ടില്ല അല്ലേ വ്യത്യാസം വന്നു അന്നമ്മ അന്നയും അന്നും ഭർത്താവുമായിട്ട് ഒരുമിച്ച് സന്തോഷമായി ഐക്യമായി കഴിയുന്നു നമ്മുടെ എറണാകുളത്തെ അഡ്വക്കേറ്റ് സരിയുടെ പെങ്ങൾ വന്നിട്ടുണ്ടോ അതുപോലെ ഭർത്താവുമായി പിരിഞ്ഞ ഡൈവോഴ്സ് കേസ് കൊടുത്ത് വിവാഹമോചന കേസ് കൊടുത്ത് അത് പിരിയാൻ പോകുകയായിരുന്നു അതിന്റെ വിവാഹമോചനത്തിന്റെ തൊട്ടടുത്ത ദിവസം കോടതിയിൽ കേസ് വാദിക്കുന്നതിന്റെ തൊട്ടടുത്ത ദിവസം അത് തീരുന്നതിന്റെ തൊട്ട് വിധി പറയേണ്ടതിന്റെ തൊട്ടടുത്ത ദിവസം ദൈവം കൃപ ചെയ്തു അഡ്വക്കേറ്റ് സലീയുടെ ഭാര്യ ഈ നാത്തുവിനെ വിളിച്ചുകൊണ്ടുവന്നു വന്നു പ്രാർത്ഥിച്ചു ദൈവം കരുണ ചെയ്തു അവരിന്ന് ഐക്യമായി സന്തോഷമായി കഴിയുന്നു ദൈവത്തിന് സ്തോത്രം ഇങ്ങനെ അനേകം അനേകം കാര്യങ്ങൾ ദൈവം പ്രവർത്തിക്കുന്നു ബാധകൾ മാറുന്നുണ്ട് ബാധകൾ മാറ്റം ദൈവം ഇവിടെ ഈ ബാധകൾ മാറിയിട്ട് വേണം നമുക്കേശത്ത് സ്വർഗീയ സിയോലിലേക്ക് എത്താൻ ഒരുമിച്ച് പാടാം പാരിലാരും വാരിയാരും ചൂടിടാത്തവാടാമൊഴി ചൂടും വാരിയാരും ചൂടിടാത്ത വാടാമൊഴി ചൂടും ജീവന്റെ നാരനാ ത്യാഗം സഹിച്ചതാ സ്നേഹമണവാളനോടും സിയോൻപുരേവാഴും സിയോൺപുരേവാഴും ന്തോരും പ്രത്യാശയോടിയാ ഇല്ല ചേർന്നു പാടരുതോ ആ ഒരു പ്രത്യാശ വരട്ടെ നിങ്ങളുടെ ഉള്ളിൽ ആ തേജസിന്റെ പുരിയിൽ തേജസിന്റെ സിഇഒൻ നഗരത്തിൽ പുതിയ ഈറോസ് നാം എല്ലാം ഒരു ദിവസം ചെല്ലില്ലേ ഇന്ന് നമ്മളിവിടെ എല്ലാവരും കൂടിയിരിക്കുന്നു നാം ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായിട്ട് മരണമെന്ന ഒരു വാതിൽ കൂടി കടന്നുപോകും ചിലര് ആദ്യം കടന്നുപോകും പിന്നെ വേറെ ചിലര് പിന്നെ കടന്നുപോകും ഈ ഒരൊറ്റ വാതിൽ കൂടി നമ്മളെല്ലാം കടന്നുപോയേ പറ്റൂ ഒരു വാതിലാ മരണമെന്ന വാതിൽ ആ വാതിൽ കൂടി കടന്നുപോകും പ്രിയപ്പെട്ടവരെ ഈ മരണമെന്ന ഒരു വാതിൽ കൂടി നാം അക്കരെ ദേശത്തേക്ക് കടന്നു അന്ന് കടന്നു ചെല്ലുന്നത് പൊതിയൊരു സ്ലേമിലെത്തുന്നതിന് യോഗ്യത പ്രാപിച്ചില്ലായെന്നുവരിയിൽ ജീവിതം തീരാ നഷ്ടമാണ് ഇതൊരു സത്യമാണ് വളരെ വ്യക്തമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ തുടരെ ഈ കൂട്ടായ്മകൾ യോഗങ്ങൾക്ക് വരണം ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും അനുഭവിക്കാനും നിങ്ങൾക്ക് സ്വന്തമായി അനുഭവം പ്രാപിക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിവ് പ്രാപിക്കാനുമുണ്ട് അനുഭവങ്ങളും അറിവും ധാരാളം പ്രാപിക്കാനുണ്ട് തുടരെ കൂട്ടായ്മകൾ നിങ്ങൾ വരണം നിങ്ങൾക്ക് ഈ പ്രദേശത്തുള്ളവർക്ക് വളരെ സൌകര്യമാണ് എല്ലാ രണ്ടാം ശനിയാഴ്ചയും എന്റെ വീട്ടിൽ യോഗമുണ്ട് രാവിലെ ഒമ്പതരയ്ക്ക് തുടങ്ങിയാൽ അത് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് അവസാനിക്കുമെങ്കിലും തുടർന്ന് മൂന്നു മുതൽ നാലര വരെ യുവതികളുടെ ഫെലോഷിപ്പുണ്ട് മുപ്പത്തഞ്ചു വയസ്സുവരെ പ്രായമുള്ള പെൺകുട്ടികളുടെ ഫെലോഷിപ്പുണ്ട് യുവതികളുടെ ഫെലോഷിപ്പുണ്ട് മൂന്ന് മണി മുതൽ രാത്രി ഒമ്പത് മണിവരെയും സാക്ഷി യോഗമുണ്ട് ആർക്കും ആരെയും പ്രത്യേകിച്ച് വിളിക്കാതെ ആർക്കും സാക്ഷ്യം പറയാം അവസരമുണ്ട് രണ്ടാമത്തെ ഞായറാഴ്ചയും മൂന്നാമത്തെ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ അഞ്ചുമണിവരെ വചന ശുഷയുണ്ട് അവിടെ തന്നെ നിങ്ങൾ അനേകം പേര് വരുന്നവരുണ്ട് ഈ പ്രദേശത്തുള്ളവർക്കറിയാം പ്രിയപ്പെട്ടവരെ ഒരിക്കലൊരു സഭ മാറാൻ നിങ്ങൾ പറയുകയില്ല കാരണം ഞങ്ങളുടെ ഉദ്ദേശം അതില്ല അതുകൊണ്ടാണ് നിഗൂഢമായി പോലും അങ്ങനെ ഒരു പുതിയ സഭ സ്ഥാപിക്കുകയില്ല ആരും സംശയിക്കേണ്ട നിങ്ങളൊരു പത്ത് വയസ്സ പോലും ചോദിക്കുകയുമില്ല ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം ബഹുത്വപ്പെടട്ടെ ദൈവത്തിന് സ്തോത്രം എന്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ഡോക്ടർ ജോർജിക്ക് നേരെ ഭക്ഷണം കഴിച്ചു വിട്ടിരുന്നപ്പോൾ ചോദിച്ചു സാറേ ഈ കണ്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ അതിന് എന്താ അതിന് വരുമാനം ഞാൻ പറഞ്ഞു ഡോക്ടറെ ഈ വന്നിരിക്കുന്ന പാവപ്പെട്ട ആളുകള് കാണിക്കയിടും ഡോക്ടർ കണ്ടില്ലേ ഞങ്ങള് കാണിക്കെടുക്കുന്നത് കാണിക്കിയിടും അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് വിദേശത്ത് നിന്ന് ഞങ്ങൾക്കൊരു സഹായവും ഇല്ല വിദേശത്ത് സഹായം ഞങ്ങൾ ചോദിക്കുന്നുമില്ല വിദേശത്തുനിന്ന് നമ്മുടെ കൂട്ടായ്മയിലുള്ളവര് അവരെ ഇന്ത്യയിലുള്ള രൂപ ഏതെങ്കിലും തന്നാൽ ഞങ്ങൾ വാങ്ങും ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ വ്യക്തമായിട്ടാണ് ഞങ്ങളുടെ സ്റ്റാൻഡുകൾ വളരെ വ്യക്തമാണ് പൈസ സമാഹരിക്കാനുള്ള പരിപാടിയില്ല ഒരു സ്ഥാപനമുണ്ടാക്കാനുള്ള പരിപാടിയില്ല ഒരു പ്രസ്ഥാനം തുടങ്ങാനുള്ള പരിപാടിയില്ല ദൈവത്തിന് സ്തോത്രം ആകെ ഒരു പരിപാടിയേ ഉള്ളൂ നിത്യജീവനിലേക്ക് ജനത്തെ വിളിച്ചുകൂട്ടുക നിത്യസ്വർഗത്തിലേക്ക് ആളുകളെ കർത്താവിന്റെ നാമത്തിൽ ക്ഷണിക്കുക സ്ത്രോത്രം ഈ വഴിയെ പോയാൽ സിയോൻപുരിയിൽ എത്താമെന്ന് ഒരു വഴികാട്ടിയായോ അതല്ലെങ്കിൽ ഒരു സൈൻ ബോർഡായിട്ടോ എന്താ പറയുക സൈൻ ബോർഡ് അമ്മ അതെ ഒരു ഒരു കൈ ചൂണ്ടിയായിട്ട് നിൽക്കുക ചൂണ്ടിയായിട്ടേ നിൽക്കുന്നുള്ളൂ ഞങ്ങളിലേക്ക് വന്നാൽ നിങ്ങൾ രക്ഷപ്പെടില്ല ഞങ്ങൾ കൈ ചൂണ്ടുന്നത് ഗോകുൽത്തായിലേക്കാണ് ഞങ്ങൾ കൈ ചൂണ്ടുന്നത് ഗോകുൽത്തായിൽ വെച്ച് ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ക്രിസ്തു ആഴുന്ന നിത്യസിയോൻപുരിയിൽ എത്താമെന്നാണ് പറയുന്നത് അവിടെ എത്തുന്നത് എങ്ങനെയാണ് അവൻ രണ്ടാമത്തെ വരവിൽ അവന് ഒരുങ്ങിയിരിക്കുന്നവരെ പറക്കും ആ കൂട്ടത്തിൽ ചേരാം ഇവിടെ ഇപ്പോൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ നമ്മിൽ അനേകം പേരെ രൂപാന്തരപ്പെടും കുറെ പേരെ കാണില്ല ഇവിടെ കുറെ പേര് പിന്നെ കാണില്ല ഏതോ വലിയ ശബ്ദം കേൾക്കും കർത്താവിന്റെ ഗംഭീരനാദം പ്രധാന ദൂതന്റെ ശബ്ദം ദൈവത്തിന്റെ കാഹളം എന്താണത് ഇടിവെട്ടുകാണെന്നൊക്കെ ആളുകൾക്ക് തോന്നും ഏതാണ് ഇടിവെട്ടുകാണോ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങോട്ട് പറയട്ടെ നിങ്ങൾക്ക് അല്പം ഇത് ബാലിച്ച് വേണം തോന്നും കഴിഞ്ഞ അവസരത്തിൽ കുറച്ചുനേരം ഇങ്ങനെ തുടരെ തുടരെ ഇങ്ങനെ ഇടിവെട്ടിക്കൊണ്ടിരുന്നു അപ്പൊ ഞാൻ ഓർത്തു എന്റെ കർത്താവ് എന്റെ രണ്ടാമത്തെ വരവിന്റെ കാഹളമാണോ വട്ട് വലിയ ശബ്ദം അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ് നിങ്ങൾക്ക് തോന്നും ഈ മനുഷ്യൻ ഇത്ര ഇത്ര ചൈൽഡിഷ് ആയി പോയെന്ന് തോന്നുന്നു ഇല്ലേ ഇത്ര ചവലിനാണോന്ന് തോന്നും ഞാൻ പറഞ്ഞു തരാം എനിക്ക് ലജ്ജയൊന്നുമില്ല ഞാൻ ചിന്തിച്ചതാണ് അപ്പൊ കർത്താവ് ഈ ശബ്ദം ഈ ഇടിമുഴകുന്ന ശബ്ദമത് കർത്താവിന്റെ വരവിന് മുമ്പുള്ള ആ കാഹളനാഥമോ മറ്റോ ആണെങ്കിൽ കർത്താവിന്റെ ഗംഭീരനാഥമാണെങ്കിൽ അപ്പൊ ഞാൻ കൈവിടപ്പെട്ടോ ഞാൻ ചിന്തിച്ചതാണ് ഞാൻ കൈവിടപ്പെട്ടോ എന്റെ ദൈവത്തിന് സ്തോത്രം സഹോദരങ്ങളെ ഇത് യാഥാർത്ഥ്യമാണ് ക്രിസ്തു വരും ക്രിസ്തു വീണ്ടും വരും ക്രിസ്തു വരുമ്പോൾ നാം പറന്നുയരണം ശരീരം ഈ ഭൗതിക ശരീരം അത് രൂപാന്തരപ്പെടും ആത്മശരീരം പ്രാപിക്കും പറക്കും മരിച്ചുപോയവരോ വാങ്ങിപ്പോയവരോ വിശുദ്ധന്മാരായി വാങ്ങിപ്പോയവര് അവരെ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും ോത്രം മൃതലയെ ജീവിപ്പിക്കാൻ എഴുന്നള്ളുന്ന രാജാവ് മുകിലഴകിന്മേൽ ആഘോഷിതനായിടുന്നു നൈവാൻമാർ നൈവാൻമാർ മാത്രം നൈവാൻമാർ തൻ മുൻകൊമ്പിന്നാഥൻ കേട്ടിട്ട് അങ്കിയണിഞ്ഞ് എതിരേൽപ്പാനായി പോയിടുന്നു ക്രിസ്തുവിൻ രണ്ടാമത്തെ വരവിൽ വിശുദ്ധന്മാർ മാത്രം പറന്നുയരും നാം ഇതെല്ലാം കേട്ടു കൊയ്ത്ത് കഴിഞ്ഞു ഫലശേഖരവും കഴിഞ്ഞു ഞാനോ രക്ഷിക്കപ്പെട്ടില്ല എന്ന് നാം ആരും കരയാനിട വരരുത് കുറെ കാര്യങ്ങൾ കേട്ടു ഇപ്പൊ ഞാനും പറയുകയാണ് എന്റെ ഭർത്താവെ ഞാൻ ചിലതെല്ലാം പറഞ്ഞു ചിലതെല്ലാം കേട്ടു എന്നാൽ ഞാനും കൈവിടപ്പെട്ടു പോകരുതേ ഞാനും അതാ പ്രാർത്ഥിക്കുന്നത് കാരണം എന്റെ കർത്താവെ അന്ത്യത്തോളം സർവീസ് നിൽക്കുന്നതിനാണ് എന്ന് കർത്താവിന്റെ വചനം പറഞ്ഞു അവസാനത്തോളം സർവീസ് നിൽക്കുന്നതെന്ന് രക്ഷിക്കപ്പെടും ഇപ്പൊ ഞാനിന്ന് വചനം പറയുന്നു പക്ഷേ ഞാൻ രക്ഷിക്കപ്പെടണമെങ്കിൽ അവസാനത്തോളം സർവീസ് നിൽക്കണം കറവച്ചാതെ ഓട്ടം ഓടണം ചെളി വിരളരുത് ഒരു കറയും പറ്റരുത് അതിലെ ഭാഗ്യവശാൽ അതിന് ഒരു നിർബന്ധം കർത്താവ് തന്നിരിക്കുന്നു ഭാഗ്യവശാൽ എനിക്ക് എന്റെ സഹോദരങ്ങളോടേതും അപേക്ഷിക്കാനുള്ളൂ നിങ്ങൾ ഓരോരുത്തരും സിഒഒൻ പുരിയിൽ കാണണം നവയെറുസലേം പാർപ്പിടം തന്നെ വാസം ഓർക്കുമ്പോൾ എന്റെ ഹൃദയം സന്തോഷിക്കുന്നൊക്കെ നാം പാടും നവയെറൂസലേമിൽ വാസമുണ്ട് പുത്തനാ യെറുസിലേമിൽ കാലം ഓർക്കുമ്പോൾ പുത്തന എറുസലേമിലെത്തുന്ന കാലം ഓർക്കുമ്പോൾ സന്തോഷം കൊണ്ട് തുള്ളുകയാണെന്ന് പറ പാടും പാട്ടുണ്ട് ഇന്ന് ഇപ്പോഴത്തെ അവസ്ഥയിലാണ് ഈ അവസ്ഥയിലാണ് യേശുബരം വരുന്നതെങ്കിൽ എന്താണ് അവസ്ഥ എന്താണ് സ്ഥിതി രൂപാന്തരപ്പെടുമോ പ്രിയപ്പെട്ടവരെ കുഞ്ഞാടിന്റെ തിരിരക്തത്തിന്റെ മുദ്രയുണ്ടെങ്കിൽ രൂപാന്തരപ്പെടും കുഞ്ഞാടിന്റെ തിരിരക്തത്തിന്റെ മുദ്ര അടയാളം പ്രാപിച്ചുവോ പ്രാപിച്ചില്ലെങ്കിൽ അടയാളം കിട്ടാനുള്ള സമയം ഇതാണ് കർത്താവേ നന്മയ്ക്കായൊരു അടയാളം എനിക്ക് തരണമേ എന്നെ പതിക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന്റെ നന്മയ്ക്കായി ഒരു അടയാളം എനിക്ക് തരണമേ നന്മയ്ക്കായി സ്വർഗ്ഗരാജ്യത്തിനായി നിത്യജീവനായി ഒരടയാളം നോക്കി ലഭിക്കണം അത് കർത്താവായ തരാൻ തയ്യാറാണ് നമ്മുടെ എല്ലാവരുടെയും മേൽ ആ അടയാളം പതിക്കാൻ തയ്യാറാണ് കാരണം ആരാറിൽ പതിക്കും ദുഷ്ടാത്മസേനയോട് കർത്താവ് പറയും ആ അടയാളങ്ങളൊരുത്തിനേയും തൊട്ടുപോകരുത് എന്ന് സ്തോത്രം ദുഷ്ടാത്മസേന വരും ഈ അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്ന ദുരാത്മസേനകൾ വരും ഉടനെ ദൈവത്തിന്റെ ശാസന എന്താണ് എന്റെ അടയാളമുള്ള ഒരുത്തിനേയും തൊട്ടുപോകരുത് എന്റെ അഭിഷിക്തന്മാരെ തൊടരുത് സ്ത്രോത്രം അടയാളമുള്ള തൊടരുത് സ്നേഹിതരെ അടയാളം പ്രാപിക്കണം പുറമേ കാണുന്നൊരു അടയാളമല്ല പുറമേ വേണെങ്കിൽ താലിയില് കുരിശ് ഉണ്ട് ശരിയാണ് ഫലമില്ല വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല അതുകൊണ്ട് ഫലമൊന്നുമില്ല പുറമേ കഴുത്തിൽ നല്ല കുരിശുമാരിയിടാം വേണമെങ്കിൽ സ്വർണം കൊണ്ട് തന്നെ ഇട്ടുള്ളൂ അതുകൊണ്ടും ഫലമൊന്നുമില്ല പ്രിയപ്പെട്ടവരെ അതല്ലെങ്കിൽ നിങ്ങളുടെ കൈയിൽ ഒരു കുരിശടയാളും നല്ല നല്ല നിറപ്പ് ഇട്ടുള്ള മെഷീനിൽ വരച്ചു വയ്ക്കാം നോ ബെനിഫിറ്റ് ഒരു പ്രയോജനം ഇല്ല നിങ്ങളുടെ വീട്ടിൽ നല്ല ഒന്നാന്തര ഈട്ടിത്തെ ഉണ്ടോ അല്ലെങ്കിൽ വേണ്ട നല്ല വെള്ളിയുണ്ടോ ഒരു കുരിശ് നിങ്ങളുടെ പ്രാർത്ഥനാ സ്ഥാപിക്കാം പൈസ ഉണ്ടെങ്കിൽ ചെയ്തോളൂ പക്ഷെ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം ബഹുത്തപ്പെടട്ടെ സ്നേഹിതരെ ഞാൻ കുരിശിനെ വിലയടിച്ച് കാണിക്കുകയല്ല കേട്ടോ ഞാൻ കുരിശിലെ സ്നേഹത്തെ ഞാൻ ആമഗ് ആസ്വദിക്കുന്നു സ്തോത്രം ഞാൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്നു കുരിശിൽ മരിച്ചവനെ ഞാൻ പൂജിക്കുന്നു കുരിശിൽ മരിച്ചവനെ ആരാധിക്കുന്നു കുരിശിൽ മരിച്ചവനെ ഞാൻ പൊഴ്ത്തുന്നു കുരിശിൽ മരിച്ചവനെ ഞാൻ വർണ്ണിക്കുന്നു ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമമോഹൂത്ത് ശ്രീപാമൊത്തും സൗകുദീന പാട്ടുപാടും നാം ചെന്ന് ശ്രീബാമൊത്തും എന്നിട്ട് നാം ഓരോ പ്രാവശ്യവും സിലിബാമൊത്തിയിട്ട് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് പോകും എല്ലാം ചെയ്തോളൂ പക്ഷേ മോനെ നിന്റെ ജീവിതത്തിലെ പാപം മാറാതെ ആത്മാവിന്റെ മുദ്ര കിട്ടാതെ എന്തെല്ലാം ചെയ്താലും ദൈവരാജ്യത്തിന്റെ പടിക്കലെത്തുകയില്ല ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ പരിഹിനാമം വകുത്തുപെടട്ടെ ഞാൻ ഒന്നുകൂടി തെളിച്ചു പറയാ നിങ്ങൾ സംശയിക്കണ്ട ജീവിതത്തിലെ ഭാവം മാറാതെ സ്നാനപ്പെട്ടാലും മുതിർന്ന സ്നാനമെടുത്താലും അന്യഭാഷ സംസാരിച്ചാലും പ്രിയപ്പെട്ടവരെ ദർശനങ്ങൾ കണ്ടാലും ദൈവരാജ്യത്തിന്റെ പടി കാണുകയില്ല സ്ത്രോത്രം കൃപാവരങ്ങളെല്ലാം കിട്ടിയെന്ന് വരും അത് ദൈവം തന്നെ ദാനങ്ങളായി എന്ന് വരാം തരുന്ന ഫോഷ്കിന്റെ വ്യാപാരമായി എന്നും വരാം അത് ഏതാണ് ദൈവത്തിന്റേതാണോ പിശാദിന്റേതാണോ തിരിച്ചറിയുന്നത് വൃക്ഷത്തെ ഫലം നോക്കി അറിയണം ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് നമുക്ക് പ്രസംഗിക്കാം നമുക്ക് പാട്ടുപാടാം നമുക്ക് സാക്ഷ്യം പറയാം നമുക്ക് ദൈവവേലയ്ക്ക് വേണ്ടി പൈസ മുടക്കാം ദൈവവേലയ്ക്ക് വേണ്ടി ഉറക്കടക്കാം നമുക്ക് വീട് വീടാന്തരം കയറി ആളുകളെ ക്ഷണിക്കാം ഇതൊക്കെ സാധിക്കുന്ന കാര്യങ്ങളാണ് പാപം മാറുക എന്ന് പറയുന്നത് അതൊരപൂർവ്വ കാര്യമാണ് പാപം പാപത്തിന്റെ ബാധ മാറിക്കിട്ടുക ദൈവത്തിന് സ്തോത്രം സ്നേഹിതരെ നിങ്ങൾ പലരും ഹൃദയം വിധിമ്പിക്കൊണ്ടാണ്ടിരിക്കുന്നെനിക്കറിയാം ജീവിതത്തിലെ വിവിധ മുന്നിൽ പല പല ആവശ്യങ്ങളുടെ മുന്നിൽ പതറിയിരിക്കുന്നവരാണ് നിങ്ങൾ ജീവിതത്തിൽ വീർപ്പുമുട്ടൽ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ ദൈവത്തിന് സ്തോത്രം വീർപ്പുമുട്ടലുകൾ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു ഷറുണ്ട് ജീവിതത്തിൽ വലിയ പ്രഷർ ടെൻഷനുണ്ട് ജീവിതത്തിൽ വലിയ ടെൻഷൻ ശരിയാണ് ഒരാൾ പറഞ്ഞു എനിക്ക് പേഴ്സണലായിട്ട് സംസാരിക്കണമല്ലോ ശരിയാകാം അപ്പോഴത് ചില ടെൻഷൻ സ്വസ്ഥതയില്ല സമാധാനമില്ല സന്തോഷമില്ല ആളിപ്പോൾ കേൾക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ വലിയ പ്രഷർ എല്ലായിടത്തും പ്രഷറാണ് എന്താ പ്രഷർ എന്ന് പറഞ്ഞാൽ സമ്മർദ്ദം വർക്ക് പ്രഷർ ഉള്ളവരുണ്ട് നല്ല ജോലി സാധിക്കുന്നതിനപ്പുറം ജോലി ചെയ്തേ പറ്റൂ എന്തു ചെയ്യും സാധിക്കുന്നില്ല വർക്ക് പ്രഷർ ഉള്ളവരുണ്ട് കുടുംബത്തിൽ അനേകമനേകം ടെൻഷനുകളുള്ളവരുണ്ട് പലതരത്തിലുള്ള ജീവിതത്തിന്റെ സമ്മർദ്ദങ്ങളിൽപ്പെട്ട് ഉലയുന്നവരുണ്ട് ഉരുകുന്നവരുണ്ട് വാടിത്തളരുന്നവരുണ്ട് സ്നേഹിതരെ എനിക്കറിയാം നിങ്ങൾ അനേകം പേരെ ഉള്ളൊരുകിയാണിരിക്കുന്നതെന്ന് എന്നാൽ നിങ്ങളോട് പറയട്ടെ ഇതെല്ലാജ്ഞം ശാന്തത തരാനേശുവിന് കഴിയും ഈ ജീവനുള്ള ക്രിസ്തുവിന് എന്നെ സ്നേഹിച്ച ക്രിസ്തുവിന് എന്റെ ബന്ധനം അഴിച്ച ക്രിസ്തുവിന് നിങ്ങളുടെ ജീവിതത്തിലെ പ്രഷർ മാറ്റാനും നിങ്ങളുടെ ജീവിതത്തിലെ ടെൻഷൻ മാറ്റാനും കഴിയും അവന് പ്രവർത്തിക്കാൻ നിങ്ങൾ വിട്ടുകൊടുത്താൽ മതി അവനായിട്ട് നിങ്ങളുടെ ഉള്ളും തുറന്നു കൊടുത്താൽ മതി ദൈവത്തിന് സ്തോത്രം ജീവൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് ജീവൃക്ഷത്തിലേക്കുള്ള വഴി കാക്കാൻ ജീവൃക്ഷത്തിലേക്കുള്ള വഴി സൂക്ഷിക്കാൻ വഴി കാക്കാൻ മാലാഘമാരിയാക്കി ക്രോബകളെയാക്കി ക്രോബയെ മാലാഖമാ കരൂപകളിയാക്കി ക്രോപകളെ ചുറ്റിയാക്കി ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ എന്നാൽ ഏതെന്തോട്ടത്തിലും വേറെ വൃക്ഷമുണ്ടല്ലോ നന്മന്മയുടെ അറിവിന്റെ വൃക്ഷം അതിന്റെ അടുക്കിലേക്ക് ആരും കാവൽക്കാരില്ല ആർക്കും കടന്നിയെല്ലാം ജീവവൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് ചെല്ലാൻ പാടില്ല അവിടെ കാവൽക്കാരുണ്ട് തിരിയുന്ന വാളിന്റെ ജ്വാലയുമായി കാവൽക്കാരുണ്ട് തിരിയുന്ന വാളിന്റെ ജ്വാലയുമായി ജീവവൃക്ഷത്തിലേക്കുള്ള വഴി കാക്കേണ്ടതിന് യഹോയായ ദൈവം ഏതൻ തോട്ടത്തിൽ കാവൽക്കാരാക്കി ക്രോ കരൂപുകളാക്കി ബാക്കിന്ന് വായിച്ച് ഉൽപ്പത്തി ദിവസം മൂന്നിന്റെ ഇരുപത്തിനാല് ജീവന്റെ വൃക്ഷത്തിങ്കിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏതൻ തോട്ടത്തിന് കിഴക്ക് കരൂപുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി പ്രിയപ്പെട്ടവരെ തീ ജ്വാലയുമായി വാളെന്തിയ മാലാഖുമാരി നിൽക്കുന്നു ആരെയും ചെല്ലാം പാടില്ല ജീവിഷത്തിലേക്ക് സ്തോത്രം ആർക്ക് ചെല്ലാം ആർക്ക് ചെല്ലാം നിങ്ങൾ ചിന്തിച്ചോ ഞാൻ വെളിപ്പെട്ട ദിവസം നിങ്ങൾ ചിന്തിച്ചോ ആർക്ക് ചെല്ലാം ജീവിതത്തിൽ വാള് വന്നവന് ചെല്ലാം പഴയ മനുഷ്യനെ ഛേദിച്ചു കളഞ്ഞു ചെല്ലാം സ്ത്രോത്രം പഴയ മനുഷ്യനെ വെട്ടിയവന് ചെല്ലാം വേറെ ആരെയും വിട്ടാൻ പോകാനല്ല എന്നെ തന്നെ സ്വയം വിമർശനം സ്വയം തിരുത്തൽ സ്വയം ഇഗോയെ വെട്ടിക്കളയുക എന്റെ സ്വയത്തെ വെട്ടിക്കളയുക എന്റെ സ്വന്തം പേര് എന്റെ സ്വന്തം സ്ഥാനം എന്റെ സ്വന്തം പദവി എന്റെ സ്വന്തം പ്രതാപം എന്റെ സ്വന്തം മഹത്വം എന്റെ എന്നെ എന്റെ എന്നെ വെട്ടുന്നവന് ജീവിഷത്തിലേക്ക് കിടന്നിയെല്ലാം സ്ത്രോത്രം അതാണ് നാം ഗൂഗിൾ തായിൽ കണ്ടത് അങ്ങനെ ജീവിഷത്തിലേക്കുള്ള വഴി അവൻ തോറന്നു സാക്ഷാ ജീവന്റെ ഉടയവൻ ജീവൃക്ഷത്തിലേക്കുള്ള വഴി തുറന്നു അവിടെയുള്ള തടസ്സം മാറ്റി അവനിൽ കൂടി ആർക്കും കടന്നിയെല്ലാം കാരണം അവനാണ് ജീവപൃഷം അവനിലൂടെ ആർക്കും കടന്നിയെല്ലാം സ്തോത്രം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കൊക്കെ കടന്നു വരാം ഇത് ഏതാനും പേർക്ക് താമസന്മാരെ പോലെ ജീവിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല ക്രിസ്തീയ ജീവിതത്തിൽ താമസവൃത്തിക്ക് പ്രസക്തിയില്ല ക്രിസ്തീയ ജീവിതം സാധാരണക്കാരന്റെ ജീവിതമാണ് അതില് പ്രത്യേകിച്ചുവല്ല ദേഹാവാസികളായിരിക്കുന്നവർക്കേ ഉള്ളൂ എന്ന് നിങ്ങൾ ധരിക്കണ്ട ആത്മീയ ജീവിതം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വേർതിരിക്കപ്പെട്ടവർക്കുള്ളതായ ജീവിതമാണ് ധരിക്കണ്ട ഭാര്യയും ഭർത്താവും മക്കളും മാതാപിതാക്കളും കുടുംബജോലികളും കഷ്ടപ്പാടുകളും ഞെരുക്കങ്ങളും കണ്ണുനീരും രോഗവും പ്രയാസങ്ങളും പണത്തിന് കുഴപ്പവും കടത്തിന് ഞെരുക്കവും ഇതെല്ലാമായി വലയുന്ന സാധാരണക്കാർക്കും സാധിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം ദൈവത്തിന് സ്തോത്രം നിങ്ങൾ ആര് സംശയിക്കേണ്ട എനിക്ക് പറ്റുമോ എനിക്ക് പറ്റുമോ നിങ്ങൾ സംശയിക്കേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇത് പ്രായോഗികമായി അനുഭവിക്കാം ജീവിതത്തിൽ ഈർപൂട്ടുന്നവരില്ലേ മരിച്ചാൽ മതിയെ നാശിക്കുന്നവരില്ലേ മരിച്ചാൽ മതി ആർക്ക് വേണം ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്നെ ആർക്കാ വേണ്ടത് ഞാൻ ജീവിച്ചിരുന്നോണ്ട് ആർക്കാ പ്രയോജനം ഞാനതാ മരിച്ചാ ദുഃഖിക്കാൻ ആരാ ഉള്ളത് എന്നെക്കുറിച്ച് ആർക്കെങ്കിലും പരിഗണന ഉണ്ടോ ആരുണ്ടെന്നെ സ്നേഹിക്കാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് ദൈവത്തിന് സ്തോത്രം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുടെ ധാരാളം പേരോട് ഇരിപ്പുണ്ട് മോളയെ നിന്നോട് പറയട്ടെ നിന്നെ സ്നേഹിക്കാൻ ആരുമില്ലെന്നല്ലേ നീ ചിന്തിച്ചത് നിന്നെ സ്നേഹിക്കാൻ സർവ ലോകത്തിന്റെ അധിപതി നിന്നോട് ഹൃദ്യമായി ഇടപെടുകയാണ് അവൻ ജീവിക്കുന്നുണ്ട് ദൈവത്തിന് സ്തോത്രം യൗവനക്കാരാ നിന്നോട് പറയട്ടെ കഞ്ചാവിനും മധ്യത്തിനും അടിമയായി മയക്കുമരുന്നിന്റെ പിടിയിൽപ്പെട്ട നീ തകർന്ന് ജീവിതം താറുമാറായി നിരാശയിൽ കുമിഞ്ഞ് സ്വസ്ഥത നശിച്ച് കഴിയുന്ന അന്യുവാവെതിനോട് പറയട്ടെ നിന്റെ ജീവിതത്തിൽ ആർക്കു നിന്നെ വേണ്ട എന്നാണെന്ന് ചിന്തിക്കുന്നത് മൌഢ്യമായ ചിന്തയാണ് ആർക്കു നിന്നെ വേണ്ട എന്നുള്ള ചിന്ത തെറ്റാണ് ശരിയല്ല അങ്ങനൊരു കാര്യമില്ല നിന്നെ വേണ്ട അനേകം ആളുകളുണ്ട് നിന്നെ വേണ്ടതായി വലിയ വിഭാഗം ജനം ഇങ്ങനെ തടിച്ചു കൂടിയിട്ടുണ്ട് കൂട്ടം ജനം നിന്നെ വേണ്ടവര് നിന്റെ യൌവന ശക്തി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നത് കാണാൻ കൊതി പൂണ്ടു നിൽക്കുന്നവര് അനേകം പേരുണ്ട് ജീവനുള്ള ദൈവത്തിന് വേണ്ടി നിന്റെ യൌവനത്തിന്റെ വീര്യം ചെലവഴിക്കുന്നത് കാണാൻ കൊതി ദൈവത്തിന് സ്തോത്രം വിത്ത് ചുമന്ന് കരഞ്ഞും വേസ്യും നടക്കുന്നു കറ്റ ചുമന്ന് ആർത്തും കൊണ്ടുവരുന്നു കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും വിത്ത് ചുമക്കുമ്പോൾ കനമാണ് കഷ്ടപ്പാടാണ് ഒരു കൈ വിത്ത് കൊട്ടയിൽ ഇങ്ങനെ എളിയിൽ വെച്ചോണ്ട് ഇത് കതയ്ക്കുന്നു കണ്ടിട്ടുണ്ടോ ഇപ്പൊ നിങ്ങളാരും സാധാരണ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ കണ്ടിട്ടുണ്ട് വിത്ത്ങ്ങനെ കൊട്ട ഇങ്ങനെ എളിയത്ത് വെച്ചുകൊണ്ട് നല്ല ഘനമാണ് ഒരു കൊട്ട നിറയെ കൈ കൊട്ട നിറയെ വിത്ത് അതിങ്ങനെ താങ്ങി പിടിക്കണം നല്ല ഘനം ചെളിയിൽ കൂടിയാണ് നടക്കുന്നത് നല്ല നല്ല താഴ്ചയുള്ള ചെളി ആ ചെളിയിൽ നിന്ന് ഒരു കാൽ വരച്ച് ഒറ്റ ഇങ്ങനെ പോവുക പോകുമ്പോൾ കൈ വീശുകയും ചെയ്യണം കാരണം വിത്ത് ഇങ്ങനെ എടുക്കണം വീശണം എടുക്കണം വീശണം നല്ല ഭാരമാണ് ഷ്യൂ ഇതെപ്പോഴാ തീരുക വിത്ത് ചുമന്ന് കരഞ്ഞും വേച്ചുകൊണ്ട് നടക്കുന്നു എന്നാൽ കുറക്കാലം കഴിഞ്ഞ് കറ്റ കിട്ടുമ്പോൾ കറ്റ ചുമന്ന് ആർത്തും കൊണ്ട് വരുന്നു സ്നേഹിതരെ നിങ്ങൾക്കിന്ന് കരച്ചിലുണ്ട് ദുരിതമുണ്ട് വേദനയുണ്ട് നിങ്ങൾക്കിന്ന് കഷ്ടപ്പാടുണ്ട് ക്ലേശങ്ങളുണ്ട് നിങ്ങൾക്കിന്ന് വിശ്രമമില്ല വിത്ത് ചുമന്ന് കരഞ്ഞും വേഹിച്ചുകൊണ്ട് നടന്നുള്ളൂ കർത്താവിന്റെ വചനമാവുന്ന വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടുള്ളൂ വിത്ത് ചുമന്ന് കരഞ്ഞും വരച്ചുകൊണ്ട് നടക്കുന്നു കറ്റ ചുമന്ന് ആർത്തും കൊണ്ടു വരുന്നു കൂട്ടംകൂട്ടമായതാ കറ്റ ചുമന്ന് കൊണ്ടുവരുന്നു കറ്റ ചുമന്ന് ആർത്തും കൊണ്ടു വരുന്നു ഇന്ന് രാവിലെ ടി പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടോ സൂര്യ ടിവിയിൽ നിങ്ങൾ കേട്ട് കാണും കുറെ പേരെങ്കിൽ കേട്ടുകാണും എന്താണ് ഉടവസ്ഥൻ പുറപ്പെട്ടു രാവിലെ ഒൻപത് മണിക്ക് ചെന്നപ്പോൾ അന്നൊക്കെ ഈ വഴിയോരങ്ങളില് വഴിയോരച്ച ജംഗ്ഷനില് വേലക്കാരെങ്ങനെ വന്നിരിക്കും ഇപ്പോൾ പെരുമാറൊക്കെ ചെന്നാൽ കാണാം എറണാകുളത്ത് തേവര ജംഗ്ഷനിലൊക്കെ ചെന്നാൽ അവിടെ എങ്ങനെ ഈ റെയിൽപാളത്തിന്റെ രണ്ടു വശത്തും സൌകര്യമായിട്ട് ആളുകൾ ഇരിക്കും കുറച്ചുപേരൊന്നുമല്ല പത്തഞ്ഞൂറ് പേര് ഇരിക്കും അങ്ങോട്ട് ചെന്നാ മതി ജോലിക്കാരെ കിട്ടും പെരുമാര് രാവിലെ ചെന്നാ മതി ജോലിക്കാരെ കിട്ടും വിഷമില്ല കിട്ടും അതുപോലെ അന്ന് ഉടമസ്ഥറപ്പെട്ടു ചന്ത സ്ഥലത്ത് ചന്തസ്ഥലത്ത് കുറെ പേരിങ്ങനെ ഇരിപ്പുണ്ട് ഈ സാധാരണ ആളുകളൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്ന ആര്യാത്തിരി കരുത്തുള്ളവരെ ജോലി ചെയ്യാൻ പ്രാപ്തിയുള്ളവരെ നല്ല തൻ്റെ ഇടമുള്ളവരെ ജോലി അറിയാമെന്ന് തോന്നുന്നവരൊക്കെ വിളിച്ചു അങ്ങനെ വിളിച്ചു വിളിച്ചു പോയി പലതും പലതും പേടായിപ്പോയി എന്ന് പറഞ്ഞാൽ എന്താ പലരും മോശമാണ് പണി അറിയാൻ പെയ്യാത്തവരാ അവര് ആരും വിളിച്ചില്ല ആരെങ്കിലും വിളിക്കും വിളിക്കുന്ന വിചാരിച്ചിരിക്കുക ഒമ്പത് മണിക്ക് ചെന്ന് രാവിലെ ഒമ്പത് മണിക്ക് വിളിച്ചു ഒമ്പത് മണിക്ക് വിളിച്ചപ്പോൾ കുറെ പേരെ കിട്ടി തീരുമാനം പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓരോ വെള്ളിക്കാശ് തരാം നിങ്ങൾ എന്റെ മുന്തിരി ചെന്ന് വേല സന്തോഷമായി അവർ മുന്തിരി തോപ്പിലേക്ക് പോയി പിന്നെ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് യജമാനും വീണ്ടും വന്നു നോക്കണേ ഭാഗ്യം യജമാനൻ കുറെ പേരെ കിട്ടിയില്ലോ എന്ന് അന്നേരം ഉണ്ട് ചന്തസ്ഥ കുറെ പേർ മേനക്കെട്ട് നിൽക്കുന്നു ഇതേ നേരമായിട്ട് ആരും വിളിച്ചില്ല കാരണം വിളിക്കാൻ യോഗ്യതയുള്ളവരായിട്ട് കണ്ടില്ല അതുകൊണ്ടാണ് ജോലി ചെയ്യാൻ അറിയാൻ നിങ്ങളെന്തെങ്ങനെ മെനക്കെട്ട് നിൽക്കുന്നത് ഞങ്ങളെ ആരും വിളിച്ചില്ല അതുകൊണ്ട് ഞങ്ങൾ ആർക്കും വേണ്ട ഞങ്ങളെ ആരും കൂലിക്ക് വിളിച്ചില്ല നിങ്ങളും ചെലുവീൻ മുന്തിരിത്തോട്ടത്തിലേക്ക് ന്യായമായത് തരാം ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് യജമാനം വീണ്ടും വന്നു അപ്പോഴുണ്ട് കുറെ പേര് അപ്പോഴുണ്ട് കുറെ പേര് എന്റെ വിചാരം രാവിലെ ഒമ്പത് മണിക്ക് വിളിച്ചപ്പോഴും നിങ്ങളും ചെലവീൻ മുന്തിരി എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടിട്ട് കുറച്ചുകൂടി ഈ സമയം കഴിഞ്ഞോട്ടെ ആരെങ്കിലും നല്ല നല്ല പാർട്ടി ഒന്ന് വിളിച്ചോളൂ വിചാരിച്ചിരുന്നായിരിക്കും എനിക്ക് അറിയാൻ പാടില്ല ഇതുവരെ വിളിച്ചിട്ടും വിളി കേൾക്കാതെ ഇരുന്നവരുണ്ട് ഇതുവരെ യജമാനം ഒന്ന് വിളിച്ചിട്ടും വിളികേൾക്കാതെ അവിടെ തന്നെ ഒതുങ്ങിയിരുന്നവരുണ്ട് വരട്ടെ വിനിയാട്ടെ പിന്നെ ആട്ടെ എന്ന് വിചാരിച്ചിരുന്നവരുണ്ട് അലസതയോടി ഇരുന്നവരും കാണും അലസതയോടുകൂടി ഉച്ചക്ക് മൂന്ന് മണിക്ക് പുറപ്പെട്ടു നിങ്ങളെന്താ ചന്തസ്ഥലത്ത് മെനക്കെട്ട് നിൽക്കുന്നത് ഞങ്ങളെ ആരും വേലയ്ക്ക് വിളിച്ചില്ല അതുകൊണ്ടാണ് നിങ്ങളും ചെല്ലുവീ മുന്തിരിത്തോപ്പിലേക്ക് എന്തൊരു സന്തോഷം അവർ പോയി ന്യായമായി തരാം സ്തോത്രം അത് കഴിഞ്ഞു വൈകുന്നേരം അഞ്ചുമണിക്ക് യജമാനൻ വന്നു വൈകുന്നേരം അഞ്ചുമണിയായി ഒന്നാം മണി നേരം പറഞ്ഞാൽ വൈകുന്നേരം അഞ്ചുമണിയാ വൈകുന്നേരം അഞ്ചുമണിക്ക് യജുമാനൻ വന്നു അന്നേരം ഒരു മണിക്കൂറേ ജോലിക്ക് സമയമുള്ളൂ അന്നേരം കൊണ്ട് ആളുകൾ കുറെ പേര് മേൽക്കെട്ട് നിൽക്കുന്നു നിങ്ങളും ചെല്ലുവീ മുതിരിത്തോട്ടത്തിലേക്ക് നിങ്ങളും ചെല്ലുവിയൻ എന്റെ വയലിലേക്ക് നിങ്ങളും ചെല്ലുവിൻ എന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ന്യായമായത് തരാം നിങ്ങൾ മെനക്കിട്ട് നിൽക്കണ്ട ഇനി ഒരു മണിക്കൂറേ ഉള്ളല്ലോ പേടിക്കണ്ട നിങ്ങൾ ചെല്ലു ന്യായമായി തരാം ദൈവത്തിന് സ്തോത്രം വൈകുന്നേരം ആറുമണിയായി എല്ലാവരും പണി നിർത്തി വന്നു അവിടെ എല്ലാവർക്കും മുമ്പന്മാരുടെ പിമ്പന്മാർ വരെ എല്ലാവരും കൂലി കൊടുത്തു പക്ഷേ പിമ്പന്മാർക്കും ഒപ്പം കൊടുത്തു വൈകുന്നേരം അഞ്ചുമണിക്ക് വന്നവനും ആ രാവിലെ ഒമ്പത് മണിക്ക് വന്നവനും കൂലിയൊപ്പം ദൈവജനമേ നിങ്ങളോട് പറയട്ടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലേറ്റായി എന്ന് വിഷമിക്കണ്ട നിങ്ങൾക്ക് വരാൻ കർത്താവിന്റെ വയലിലേക്ക് നിങ്ങൾക്ക് വരാൻ കർത്താവിന്റെ മുന്തിരി ഞാൻ നിങ്ങളോട് വിനയപൂർവ്വം പറയട്ടെ കൃഷ്ണൻ റിവൈവിലെ റൈവൽ ഫെലോഷിപ്പിലേക്ക് വരാനല്ല വിളിക്കുന്നത് ഞങ്ങളുടെ കൂടെ വന്നേ ഒക്കൂ എന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ജീവന്റെ വചനം മുൻവിധിയില്ലാത്ത വചനം സ്ഥാപിതാൽ പിന്നില്ലാത്ത വചനം കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് വരാം വേണമെങ്കിൽ നിങ്ങൾക്ക് വരാം വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം ഈ പറയുന്നൊക്കെ തന്നെയാണോ എന്നൊന്ന് പരീക്ഷിച്ചു നോക്കാം ദൈവത്തിന് സ്തോത്രം നിങ്ങളിൻ ചെല്ലുവിൻ മുതിരിത്തോപ്പിലേക്ക് ന്യായമായ തരാം പിമ്പന്മാർ മുമ്പന്മാരാകും മുമ്പന്മാർ പിമ്പന്മാരാകും ദൈവത്തിന് സ്തോത്രം എന്റെ സ്നേഹിതരെ മാസിയോൻ യാത്രയുടെ ആ മനോഹരമായ തീരത്ത് എത്താറായിരിക്കുകയാണ് എന്നാണ് രാജാതിരാജം വരുന്ന അറിയാൻ പാടില്ല പുതിയ റൂസ്ലിം എന്താണ് പറഞ്ഞത് ജീവവൃക്ഷത്തിൽ അധികാരം ജീവവൃക്ഷത്തിന്റെ ഫലം ഭുജിക്കണമെങ്കിൽ അതിന് വാള് കടക്കണം ജീവിതത്തിൽ കടക്കണം തയ്യാറാണോ പലതും ഛേദിച്ചിളയാൻ തയ്യാറാകണം സുഖങ്ങൾ വേണ്ട ഇമ്പങ്ങൾ വേണ്ട സിനിമ വേണ്ട കള്ളിന്റെ കള്ളിന്റെ മാതകസുഖം വേണ്ട മയക്കുമരുന്നിന്റെ മതിപ്പിക്കുന്ന അഥവാ ബോധം കെടുത്തുന്നതായ സന്തോഷങ്ങൾ വേണ്ട കഞ്ചാവു വേണ്ട ബ്ലൂ ഫിലിം വേണ്ട ചീത്ത കൂട്ടുകെട്ട് വേണ്ട വേണ്ട തീരുമാനമുണ്ടോ അവിടെയൊക്കെ വാളുവെക്കണം എല്ലായിടത്തും വാള് വെക്കണം ദൈവത്തിന് സ്തോത്രം സ്ഥാനം വേണ്ട മാനം വേണ്ട മഹിമ വേണ്ട പ്രതാപം വേണ്ട അവിടെയെല്ലാം കത്തിവയ്ക്കണം വാള് വെച്ചാൽ നിന്റേതായതിനെല്ലാം വാള് വെച്ചാൽ നിനക്കും ചേരാം സി യാത്രയിൽ ചേരാം ജീവന്റെ വക്ഷത്തിലേക്ക് അടുക്കാം നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല പാവമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടാൻ അത്രയേ നമുക്കുള്ളത് അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള ക്രമ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃവാസനത്തിനടുത്തേക്ക് ചെല്ലുക ധൈര്യത്തോടെ ചെല്ലുക ആരും മടിക്കണ്ട ഇത്രയും കാലം ഞാൻ വയ്യ പോയല്ലോ പേടിക്കണ്ട ഇത്രയും കാലം താമസിച്ചു പോയല്ലോ നിങ്ങൾ ഭയപ്പെടേണ്ട ചെല്ലാം ലേറ്റായി എന്ന് പേടിക്കണ്ട ദൈവത്തിന് സ്തോത്രം ജീവന്റെ വൃക്ഷം ജീവജലത്തെക്കുറിച്ച് നാം ചിന്തിച്ചു ജീവജലം ഈ ജീവജലം എന്താണ് അത് പരിശുദ്ധാത്മാവാണ് വെളിപ്പാട് ദിവസം ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടാം അധ്യായം ൾ വീധിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളിങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട് അത് പന്ത്രണ്ട് വിധം ഫലം കായിച്ച് മാസംതോറും അതത് ഫലം കൊടുക്കുന്നു വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു യാതൊരു ശാപോമിനി ഉണ്ടാകയില്ല ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിൽ ഇരിക്കും അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും ദൈവത്തിന് സ്തോത്രം അവിടെ പളുങ്ക പോലെ ശുദ്ധവും ശുഭ്രവുമായ ഒരു നദി സിംഹാസനം എന്ന് അത് പറഞ്ഞതാണ് എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ നദി അത് പോകുന്നിടത്തെല്ലാം ചലിക്കുന്ന പ്രാണികളൊക്കെയും ജീവിച്ചിരിക്കും ഈ നദി ജീവന്റെ നദിയാണ് ഈ നദി ജീവന്റെ നദിയാകയാൽ ചെല്ലുന്നിടത്തെല്ലാം ജീവൻ പകരുകയാണ് എല്ലാം ജീവിച്ചിരിക്കും എസ്കെൽ പ്രവചനം നാൽപ്പത്തി ഏഴാം അധ്യായം ആദ്യത്തെ ഖണ്ണിക നോക്ക് വായിക്കാം ശ്രദ്ധിച്ചു കേൾക്കണം എസ് കെൽ നാൽപ്പത്തിയേഴ് മുതൽ അവനെന്നെ ആലയത്തിന്റെ പ്രവേശനത്തിങ്കിൽ മടക്കി കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പഴിയുടെ കീഴേ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് യോസ്കെ കാണുന്നുള്ളൂ അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഇവിടെ വെച്ചല്ല കഴിഞ്ഞ വെള്ളിയാഴ്ച വൈ ക്ലാസ്സിൽ പറഞ്ഞതാണ് ആലയത്തിന്റെ ഉമ്മരപ്പടി കീഴ കീഴിൽ നിന്ന് ഈ ജീവജലം പുറപ്പെടുന്ന ഭാഗം മാത്രമേ യവസ്കിയെ കണ്ടുള്ളൂ ഭൂമിത്തിലേക്ക് വന്നപ്പോൾ ആലയത്തിനുള്ളിലേക്ക് കടന്ന് യോഹനസീഹ അത് കണ്ടു അത് ആലയത്തിന് ഉമ്മരപ്പടി മുതലുള്ള കാണുന്നുള്ളൂ എങ്കിലും എന്നാ യോഹനസീഹ കണ്ടപ്പോൾ അങ്ങ് അകത്തിരിക്കുന്ന സിംഹാസനത്തിന്റെ അതിന്റെ അടിയിൽ നിന്നാണ് ഈ ജീവജലനദി ഒഴുകുന്നത് എന്ന് യോഹനസീഹ കണ്ടു ദൈവത്തിന്റെ സ്ത്രോത്രം ഇവിടെ എസ്കെൽ കാണുന്ന എങ്ങനെയാണ് ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് കണ്ടു ആലയത്തിന്റെ മുഖം കിഴക്കോട്ടല്ലോ ആ വെള്ളം ആലയത്തിന്റെ വലത്തുഭാഗത്ത് കീഴേ നിന്ന് യാഗപീഠത്തിന് തെക്കുവശമായി ഒഴുകി അവൻ വടക്കോട്ടുള്ള ഗോപുരത്തിൽ കൂടി എന്നെ പുറത്തു കൊണ്ടു ചെന്ന് പുറത്തെ വഴിയായി കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി പുറത്തെ ഗോപുരത്തിലേക്ക് ചുറ്റി നടത്തി വെള്ളം വലത്തുഭാഗത്തു കൂടി ഒഴുകുന്നത് ഞാൻ കണ്ടു വെള്ളം ഒഴുകുന്നു ദൈവദിന സ്ത്രോത്രം അത് നിലച്ചു നിൽക്കുകയല്ല പരിശുദ്ധാത്മാവാണോ ഒഴുകിക്കൊണ്ടേയിരിക്കും ദൈവത്തിന സ്ത്രോത്രം ഞാൻ ഒന്ന് നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളുടെ മേലെ ഈ കുളിർജലം ഒഴുകി വരുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ നിങ്ങൾ ഇപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ നിങ്ങളുടെ മേലെ ഈ ജീവന്റെ ജലം ഒഴുകിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ഇതിപ്പോൾ പറയാൻ തുടങ്ങിയത് മുതലെങ്കിലും നിങ്ങൾക്ക് ഒരു കുളിർമ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഈ ഭൂമിയിലെ നിശ്ചലാവസ്ഥ മാറിയിട്ട് ഒരു ചലനാത്മകത്വം നിങ്ങൾ കിട്ടുന്നുണ്ടോ നിങ്ങളുടെ ഉള്ളു പയ്യെ ചലിക്കുന്നുണ്ടോ ഇതുവരെ അങ്ങനെ അനുഭവം കിട്ടിയിട്ടില്ല ചിലർക്ക് കിട്ടിയിട്ടില്ല ശരിയാണ് പേടിക്കേണ്ട സാരമില്ല കർത്താവോട് പറയണം കർത്താവേ പരിശുദ്ധാത്മാവിന്റെ ജീവജലനിധി ഒഴുകുമ്പോൾ അതിനോട് ഒത്തൊഴുകാരിക്കണമേ ഞാനും കൂടെ ഒഴുകുകയാണ് പരിശുദ്ധാത്മാവിന്റെ ജീവജലനിധി ഒഴുകുമ്പോൾ അതിനോട് ഒരുമിച്ച് ചേർന്നൊഴുകാൻ എനിക്ക് ഭാഗ്യം തരണമേ സ്തോത്രം പരിശുദ്ധാത്മാവിന്റെ ആ ജീവനദിയോട് ചേർന്നൊഴുകുക ചേർന്നൊഴുകുക ആത്മാവിനോട് ചേർന്ന് നടക്കുക ആത്മാവിന്റെ ഒഴുക്ക് നിങ്ങളുടെ നേരെ വരുമ്പോൾ നിങ്ങൾ കല്ലിച്ചിരിക്കണ്ട കല്ലിച്ച് തഴമ്പിച്ച് ഇരിക്കണ്ട നിങ്ങളുടെ കാര്യം ചെയ്യണം കർത്താവേ ഇതിൽ ചേർന്നൊഴുക എനിക്കൊരു ഭാഗ്യം തരണമേ ആത്മാവിന്റെ ജീവജല നദി എന്റെ ഉള്ളത്തിലേക്ക് ഒഴുകി വന്ന് അതിനോട് ചേർന്നെന്റെ ഹൃദയം ഒഴുകാൻ എനിക്ക് ഭാഗ്യം തരണമേ ജീവിതം ചലിക്കും പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്ന ശരീരം അനങ്ങുമെന്നല്ല ശരീരം നിങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കുമെന്നല്ല ജീവിതം ചലിക്കും നിശ്ചലമായ ജീവിതങ്ങൾ ചലിക്കും കരുത്തില്ലാതെ ജീവിതങ്ങൾ കരുത്തുള്ളതായി തീരും നിർജീവമായ ജീവിതങ്ങൾ ജീവൻ പ്രാപിക്കും ദൈവത്തിന് സ്തോത്രം നിരാശ കൊണ്ട് നിർജ്ജീവമായ ജീവിതങ്ങളുണ്ട് ആകുലം കൊണ്ട് നിർജ്ജീവമായ ജീവിതങ്ങളുണ്ട് മനസ്സിൽ വലിയ അങ്കലാപും പരിഭ്രാന്തിയും ഭീതിയും ആശങ്കയും വന്നതുകൊണ്ട് എങ്കിലുണ്ടോ നീങ്ങാൻ പോകുന്നു എന്റെ ഈ ഓർമ്മക്കുറവുണ്ടോ മാറാൻ പോകുന്നു എന്റെ ബുദ്ധി കുറവുണ്ടോ മാറാൻ പോകുന്നു എന്റെ ജീവിതത്തിൽ ഇപ്പോഴുള്ള ഈ രോഗത്തിന്റെ ബാധ മാനസിക രോഗത്തിന്റെ ബാധ അതുകൊണ്ടോ എനിക്ക് മാറാൻ പോകുന്നു എത്ര നാളായി ഞാൻ മരുന്ന് കഴിക്കുന്നു എത്ര നാളായി ഞാൻ ഡോക്ടർമാരുടെ സഹായം തേടുന്നു ഇനിയുണ്ടോ അത് മാറാൻ പോകുന്നു എനിക്കിത് കിട്ടുമോ എന്റെ ജീവിതം അത്രമാത്രം അത് അത്രമാത്രം ക്രോണിക് ആയിപ്പോയില്ലേ എന്റെ ജീവിതത്തിലെ രോഗം അത്രമാത്രം അത് അത് ജാസ്തിയായി പോയില്ലേ അത് ക്രോണിക് ആയിപ്പോയില്ലേ എന്താ ചെയ്യുക എനിക്കേതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച് മകനെ നീ കല്ലിച്ച് നീ മരവിച്ച് ഇരിക്കേണ്ട നീയൊരു കാര്യം ചെയ്യൂ യേശുവേ നിന്റെ ആത്മാവിന്റെ ജീവജല ഒഴുകി വരുമ്പോൾ കർത്താവെ കൈക്കൊള്ളുന്ന ആരുടെയും ഉള്ളത്തിലേക്ക് ആത്മാവിനെ നദി ഒഴുകുമ്പോൾ എന്റെ നാഥ ഞാനും കൈക്കൊള്ളുന്നു ഞാനും വിശ്വസിക്കുന്നു എന്റെ ഉള്ളത്തിലേക്ക് നീ ഒഴുകണമേ എന്റെ മേൽ നിന്റെ നദി ഒഴുകി വരണമേ ആ നദി ഒഴുക്കിനൊത്തിനി ഒഴുകാൻ ഞാൻ ഇതാ തീരുമാനിക്കുന്നു ഇനി ഞാൻ മനുഷ്യരുടെ മുഖം നോക്കി ില്ല മനുഷ്യരുടെ ആവശ്യങ്ങൾ നോക്കുകയില്ല മനുഷ്യരുടെ മനുഷ്യർക്ക് എന്നെ കുറിച്ചുള്ളതായ ഡിമാൻഡ്സ് ഞാൻ നോക്കുകയില്ല മറ്റുള്ള പ്രതാപശാലികളായ ആളുകളുടെ മേലാളന്മാരുടെ മുഖഭാവം ഞാൻ നോക്കുകയില്ല ആളുടെയും പ്രീതി നോക്കുകയില്ല എനിക്ക് വേണ്ടത് ആത്മാവിന്റെ ജീവജല നദിയാണ് ആത്മാവിന്റെ കരുത്താണ് ആത്മാവിന്റെ ശക്തിയാണ് ആത്മാവിന്റെ പ്രവാഹമാണ് ആത്മാവിന്റെ തീയാണ് എന്റെ കരുണയുള്ള കർത്താവെ ആത്മാവിന്റെ കൊടുങ്കാറ്റാണ് ആത്മാവിന്റെ കൊടുങ്കാറ്റി എന്നെ വീസി എന്നെ വീഴ്ക്കണമേ ഞാൻ അല്ലാതാക്കി മാറ്റണമേ എന്നെ നീ നിലം പരിചാക്കണമേ അതിനുശേഷം ഒരു പുതിയ മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റ് ആത്മാവിനോട് ഒത്തൊഴുകുന്ന ഒരു പുതിയ മനുഷ്യനാക്കി എന്നെ മാറ്റണമേ എന്റെ വാൻസകൾ മാറണമേ എന്റെ ആഗ്രഹങ്ങൾ മാറണമേ എന്റെ ഇഷ്ടങ്ങൾ മാറണമേ എന്റെ തനതായ താല്പര്യങ്ങൾ മാറണമേ എന്റെ സ്വാർത്ഥതകൾ മാറണമേ എന്റെ തന്നിഷ്ടങ്ങൾ മാറണമേ എന്റെ ദൈവമേ എന്റെ ജീവിതത്തിൽ ആത്മാവിന്റെ നദിയുടെ ഒഴുക്കിത്തൊഴുകാനുള്ള വാൻശീന േ കർത്താവേ ഞാൻ ഇനി മരവിച്ചിരിക്കുന്നില്ല എന്റെ മേലും ഈ ഒഴുക്ക് വരുന്നുണ്ട് എന്റെ മേലും ആത്മാവിനും നദി ഒഴുകിവരുന്നുണ്ട് എന്നെയും തൊടുന്നുണ്ട് ഞാനത് സ്വീകരിക്കാതെ മാറി നിൽക്കുകയില്ല ഞാൻ എന്റെ ഹൃദയം അടച്ചുപിടിച്ചുകൊണ്ട് നിൽക്കുകയില്ല ഞാൻ ഏതെങ്കിലും മുൻനിധിയുടെ അടിമയായിരിക്കുകയില്ല ഏതെങ്കിലും മുൻ ധാരണകളുടെ അടിമയായി ഞാനിരിക്കുകയില്ല ഇപ്പോ ഞാനിതാ തുറന്നു വെക്കുന്നു ഞാനിതാ തുറക്കുന്നു ഉള്ളു തുറക്കുന്നു രക്ഷക ഒഴുകണമേ രാജാധി ഒഴുകണമേ ജീവന്റെ റൂഹ ഒഴുകണമേ ആശ്വാസപ്രദനെ ഒഴുകണമേ സ്വർഗീയ ആത്മാവേ ഒഴുകണമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഒഴുകണമേ ആത്മനദിയിൽ എന്നെ കുളിപ്പിക്കണമേ ആത്മനദിയിൽ നിന്നെ കുളിർപ്പിക്കണമേ ആത്മനദിയിൽ നിന്നെ കഴുകണമേ ആത്മനദിയിൽ നിന്നെ ശുദ്ധീകരിക്കണമേ ആത്മനദിയിൽ നീന്തി തുടിക്കുന്ന മഹാഭാഗ്യം എനിക്ക് തരണമേ ഹാലലൂയ ഹാലൂയ ദൈവജനമേ നിങ്ങൾക്ക് ഈ ആത്മാവ് നദിയിൽ നിങ്ങൾക്ക് മുഴുകാൻ കുളിക്കാൻ നിങ്ങൾക്ക് അതിൽ മുങ്ങാൻ താൽപ്പര്യമുണ്ടോ ദൈവത്തിന്റെ സ്തോത്രം വായിക്കാം നാൽപ്പത്തി ഏഴിന്റെ അടുത്തവാക്യം വായിക്കാം ആ പുരുഷൻ കൈയിൽ ചരടുമായി കിഴക്കോട്ട് നടന്ന് ആയിരം മുഴ വളർന്നു ആയിരം മുഴ വളർന്നു വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി എസ് കാണിച്ചു കൊടുക്കുന്ന ദൂതൻ വെള്ളത്തിൽ കൂടി കടക്കുമാറക്കി എസ് വെള്ളത്തിലേക്ക് ഇറക്കി വെള്ളം നരിയാണിയോളമായി നരിയാണിയോളം കടങ്കാൽ വരിയായി അവൻ പിന്നെയും ആയിരം മുഴ പിന്നെയും ആയിരം മുഴ വളർന്നു വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി വെള്ളത്തിന് പ്രത്യേകത എങ്ങനെയാണ് അങ്ങോട്ടങ്ങോട്ട് നീങ്ങി ചെല്ലും തോറും ആഴം കൂടും സ്തോത്രം നീങ്ങി ചെല്ലും തോറും ആഴം കൂടും പണ്ട് സമർപ്പിച്ചപ്പോഴത്തേ ഉള്ള ആളല്ല ഇപ്പോഴ് പണ്ട് സമർപ്പിച്ച കാലത്ത് ഇത്രയൊന്നും മനസ്സിലാക്കി ഇത്രയും ആഴം ഉണ്ടെന്ന് മനസ്സിലാക്കിയില്ല ഞാനെങ്ങനെയായിരുന്നു കേട്ടോ ഞാന് മാനസാന്തരപ്പെട്ട കാലത്ത് ഇത് ഇങ്ങനെ ആഴമുള്ളതാണെന്ന് ഞാൻ അത്രയ്ക്ക് അറിഞ്ഞില്ല അപ്പം വരാൻ പാടില്ല പിന്നെ ഒരു സുഖം ഒരു രസം കിട്ടി ഒരു മധുരം കിട്ടി വചനം കേൾക്കാൻ ഒരു ആഗ്രഹം വന്നു വചനം പറയുന്നവരോടൊരടുപ്പം വന്നു കൂട്ടായ്മയിലുള്ളവരോടൊരു സ്നേഹം വന്നു അതൊക്കെ നല്ല ലക്ഷണങ്ങളാണ് അതൊക്കെ എനിക്ക് തോന്നുന്നു പക്ഷേ ഈ ഡീപ്പ് ക്രിസ്ത്യാനിറ്റി ആഴത്തിലുള്ള ക്രിസ്തീയത്വം അതെനിക്ക് മനസ്സിലാകുമായിരുന്നില്ല ആഴത്തിലുള്ള ക്രിസ്തീയത്വം എന്താ ഈ ലോകം മരിക്കണം ഇതെങ്ങനെ സാധിക്കുക ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടൊരു പ്രസംഗം കേട്ടു പ്രസംഗം വേറെ കേട്ടിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ട് പ്രസംഗം കേട്ടു എന്താണ് ഈ എല്ലാം വിട്ടുപിരിഞ്ഞിറങ്ങണം എനിക്കന്ന് പതിനെട്ട് വയസ്സോ പത്തൊമ്പത് വയസ്സോട്ടേ ഉള്ളൂ ഞാൻ വട സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്ന കാലത്താണ് അപ്പം ഞാൻ അന്ന ഞാനുണ്ട് പിന്നെ ഇവിടെ എന്റെ അളിയനുണ്ട് പിന്നെ നമ്മുടെ എൻ ടി അബ്രഹാം ശ്രീ എൻ ടി അബ്രഹാം ഇവിടെ ഇരിക്കുന്ന അവറാചാരൻ ഞങ്ങൾ വിളിക്കുന്ന എൻ ടി അബ്രഹാം ഞങ്ങൾ മൂന്നുപേരുമുണ്ട് ഈ വടക്കുന്ന് ഞങ്ങൾ മൂന്നുപേരെ പോയത് എവിടെയാ ഞാൻ പിന്നെ ആ ദേശം കണ്ടിട്ടില്ല ഒരിക്കലും ഇനി പോയിട്ടില്ല ഏതാ തിരുവലായ കഴിഞ്ഞ റാന്നി അടുത്ത് കുറിയന്നൂര് കുറിയന്നൂർ എന്ന് പറഞ്ഞൊരു സ്ഥലം പോയി പിന്നെ പോയിട്ടില്ല അപ്പം അവിടെ അവിടെ ചെന്നപ്പോൾ ഒരു അഖിലകേരള ഗസ്തിയ കൂട്ടായ്മ സമ്മേളനം ഇപ്പം നവജീവിതയും മാസയിൽ ന മനസിലാക്കി അങ്ങനെ സമ്മേളനം അവിടെ നടക്കുന്നുണ്ടെന്ന് ശരി പോകാം അവിടെ ചെന്നു അപ്പം അവിടെ ഒരാൾ പ്രസംഗിക്കുക ഒരു സായിപ്പ സകലും വിട്ടുപിരിക്കണം ലോകമൊക്കെ വിടണം എനിക്ക് ഞാൻ അമ്പരപ്പിലായി രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല വേണം എനിക്ക് ആത്മാവിന്റെ കൃപ വേണം ആത്മാവിൽ സമർപ്പണം വേണം പക്ഷേ എല്ലാം വിടണം എന്നായി പറയുന്നത് എങ്ങനെയാണ് വിടുക അപ്പം ജോലി വിടണമായിരിക്കുമോ അത് കഷ്ടപ്പാടായല്ലോ അപ്പം പിന്നെ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല അപ്പം വീട്ടിലെ വേറെ ആരും ഇട്ടില്ല തന്നെ അപ്പം പിന്നെ ഞാൻ കല്യാണം കഴിക്കാതെ എങ്ങനെയാണ് അപ്പോൾ കല്യാണം കഴിക്കാൻ പാടില്ലായിരിക്കും വേണോ അങ്ങനെ തീരുമാനിക്കണോ ഞാൻ ചിന്തിക്കുക ചിന്തിക്കുക കൺഫ്യൂഷൻ മനസ്സിൽ ഇങ്ങനെ വലിയ ചിന്ത കുഴപ്പം പിന്നെ പിന്നെ ഇങ്ങനെ ഓരോന്നോളും ചിന്തിക്കുക അപ്പോൾ എങ്ങനെയാ അപ്പോൾ ഇനി കൃഷി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൃഷി കാര്യങ്ങൾ പാടത്ത് പോകാൻ പാടില്ല കൃഷിയുടെ കാര്യം അന്വേഷിക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാൻ പാടില്ല അപ്പോൾ ഇനി എന്ത് ചെയ്യും ഇത് ഓരോന്ന് ഇങ്ങനെ ഇനി അലർട്ടി എന്താ വിടണ്ടേ എന്താ വിടണ്ടേ എന്താ വിടണ്ടേ എങ്ങനെയാ വിടണ്ടേ ഒരു സ്വസ്ഥത ഉണ്ടായില്ല അപ്പം ഞാന് പിറ്റേ ദിവസം ഇരുന്നപ്പോഴുണ്ടല്ലോ ഇനി അങ്ങനെ എല്ലാം വിടാൻ തീരുമാനിച്ചവര് അവരെ നെണിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഇനി കൊഴപ്പല്ലോ ഞാൻ അതുകൊണ്ട് ഒരു ഒരു തൂണിന്റെ മറയിൽ ഒതുങ്ങിയിരുന്നു ഒരു തൂണിന്റെ മറയിൽ ഉള്ളതാ പറയുന്നേ ഒതുങ്ങിയിരുന്നു കാരണം ഇത് അതിൽ ചെല ചില അതിന്റെ നേതൃസ്ഥാനത്തുള്ള അന്നത്തെ കെ വി സാറിനൊക്കെ പേഴ്സണലായിട്ട് എനിക്ക് അദ്ദേഹത്തെ വലിയ ബഹുമാനമാണ് എന്നെ അറിയില്ല പക്ഷെ അദ്ദേഹം ചിലപ്പോഴ് അവിടെ ഇരിക്കുന്ന ആ ചെറുപ്പക്കാരനെന്ത് പറയുന്ന ഒരു ചോദിച്ച് എന്നെ എടുപ്പിച്ചാൽ ഞാൻ എന്തു ചെയ്യും വിഷമിക്കുമല്ലോ ഞാൻ അടങ്ങി ഒതുങ്ങി മരള വളരും വളരെ ഒതുങ്ങിയിരുന്നു കാരണം എനിക്കന്ന് മനസ്സിലായില്ല പക്ഷെ വേണമെന്നുണ്ട് വേണമെന്നുണ്ട് പക്ഷെ കോസ്റ്റ് വലുതാ കോസ്റ്റ് വലുതാ സാധിക്കും കോസ്റ്റ് വലുതെന്ന് വെച്ചാൽ മനസ്സിലായോ അതിന് കൊടുക്കേണ്ട വില വലുതാണ് അത് അതിന് കൊടുക്കേണ്ടതായ റിസ്ക് വലുതാണ് എന്താ വേണ്ടേ വിഷമിച്ചു പക്ഷേ എന്റെ ഹൃദയത്തിന്റെ വാഞ്ചകർത്താവ് കണ്ടു എന്റെ ദൈവത്തിന്റെ സ്തോത്രം ഞാൻ ദിവസം പ്രതിയെന്നോണം ഞാൻ ആഴങ്ങൾ ആഴങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി കല്യാണം കഴിക്കുന്നോട് തെറ്റൊന്നുമില്ല മക്കളെ വളർത്തുന്നോണ്ട് തെറ്റൊന്നുമില്ല വിദ്യാഭ്യാസം ഇനി തെറ്റൊന്നുമില്ല ജോലി ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല കൃഷി കാര്യങ്ങൾ നോക്കുന്നതുകൊണ്ട് തെറ്റില്ല പക്ഷെ ഒന്നാം സ്ഥാനം ക്രിസ്തുവിന് എനിക്ക് നല്ലതുപോലെ മനസ്സിലായി അതുകൊണ്ട് ഇന്നെനിക്കത് വളരെ ക്ലിയറാണ് വളരെ കൃത്യമാണ് വളരെ വ്യക്തമാണ് ദൈവത്തിന്റെ സ്തോത്രം നിങ്ങളോട് പറയട്ടെ നിങ്ങളതുകൊണ്ട് നിങ്ങളുടെ ഭാര്യ ഉപേക്ഷിക്കേണ്ട ഭർത്താവിനെ ഉപേക്ഷിക്കേണ്ട മാതാവേക്കൾ ഉപേക്ഷിക്കേണ്ട നിങ്ങളെ നടത്തുന്നവൻ നിങ്ങളെ നയിച്ചുകൊള്ളും ഈ വെള്ളത്തിന്റെ ഒഴുക്കിനൊത്തങ്ങ ഒഴുകിയാൽ പരിശുദ്ധാത്മാവിന്റെ ഒഴുക്കിനൊത്തതുപോലെ ഒഴുകാൻ നിങ്ങൾ തയ്യാറാകുമോ നിങ്ങളുടെ കാര്യം അവൻ ഏറ്റെടുക്കും സ്തോത്രം ആ അളന്നളന്ന് ചെല്ലുമ്പോഴും ഇതാ വെള്ളത്തിന്റെ ആഴം ആത്മാവിന്റെ ആഴം ആയിരം മുഴ അളന്നു വെള്ളം അവൻ പിന്നെയും ആയിരം മുഴുവളന്നു അവൻ പിന്നെയും ആയിരം മുഴ അളന്നു കടക്കുമാറാക്കി എന്നെ കടക്കുമാറാക്കി നടന്ന് നടന്നുപോകാം വെള്ളം അരയോളമായി അരയോളമായി അവൻ പിന്നെയും ആയിരം മുഴുവൻ പിന്നെയും ആയിരം മുഴ അതെ എനിക്ക് കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി ആ അരക്കുമീതേ വെള്ളമായി ഇങ്ങനെ കടക്കുക ഇതുവരെ കടന്നു കിടന്ന് പോകാം അതിലൂടെ ഇത്തിരി ഇത്തിരി വിഷമിച്ചാണെങ്കിൽ നടന്നിടന്ന് പോകാം ഇനിയോ വയ്യ പറഞ്ഞു വെള്ളം വെള്ളത്തിൽ നിന്ന് കാലങ്ങ് പറഞ്ഞു ഷ്യോ ഇനി എന്നും കാവാടി വെള്ളം പൊങ്ങി വെള്ളം പൊങ്ങി നീന്തിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി തീർന്നു നീന്തിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്തൊരു നദിയായി അവൻ എന്നോട് മനുഷ്യപുത്ര കണ്ടുവോ എന്ന് ചോദിച്ചു സ്ത്രോത്രം സ്ത്രോത്രം മനുഷ്യപുത്ര കണ്ടുപോ എന്ന് ചോദിച്ചു ആ പാട്ടൊന്നുകൂടെ പാടിക്കുകയും ഇന്നലെ നമ്മൾ പാടിയ പാട്ട് നിങ്ങളൊക്കെ അറിയാവുന്നതായിരിക്കുമല്ലോ ആത്മനദി ആത്മനാദി ആവനോടെ കാത്തിരുന്ന ത്തിനപ്പോ ആത്മനാഭനെന്നോടു കൺകരുണ കാട്ടി ആത്മനവിൽ എന്നിവയ്ക്കു മവനൊഴുക്കെ ആത്മനാഭനെന്നോടു കൺ കരുണ കാട്ടി ആത്മനവി എന്നിവയ്ക്കു മവനൊഴുക്കി പാദങ്ങളെ കാണച്ചപ്പോൾ ആനന്ദത്താരന്റെ ഉള്ള തുഴമ്പിപ്പോഴി ആത്മകാദേ പാദങ്ങളെ കാണച്ചേപ്പുഴ ആനന്ദത്താരന്റെ ഉള്ളത്തുഴമ്പിപ്പോഴി പുതിയൊരു ശരത്തി എന്നീ എന്ന ം പകർന്നോ തുടങ്ങി പുതിയൊരു ശക്തി എന്നിവയ്ക്കാഥം ആരോ നിമിഷം പകർന്നോ തുടങ്ങി ആത്മനാദേത്തിയപ്പോൾ ുലം മാറന്നു ഞാൻ ആരാധിച്ചു പോട്ടോളെത്തിയപ്പോൾ ആകുലം മാറുന്നു ആരാധിച്ചു പോ അത്യന്ത ശക്തിയായ മൺകൂടാരമണ്ണ്ണ്ണ് സ്തുതിയോടെ ചേറ പൊങ്ങി അത്യന്ത ശക്തിയാല മൺകുടാരമങ് സ്തുതിയുടെ ചേരേ പൊണ്ണിത്തുടങ്ങി ആത്മനാദീയൻ തേ ആരെയോ തിരുമാറിയാത്തൊരു ഭാഷ ജൊല്ലി ആത്മനാദീയൻ തേ ഭാഷ ചൊല്ലി മനുഷ്യരോടല്ലായവത്തോടു തന്നി അന്യഭാഷരെ സംസാരിച്ചു തുടങ്ങി മനുഷ്യരോടല്ലായവത്തോടു തന്നി അന്യഭാഷരെ സംസാരിച്ചു തുടങ്ങി ത്മനാഭി എൻ്റെ സ്വീകോളമേ തിയൻ പാദങ്ങൾ താര ഊറക്കത്മനാഭി എൻ്റെ സ്വീകസോളമേ തിയൻ പാദങ്ങൾ താര ഊറക്കോതി പാ ദൈവത്തിന് സ്തോത്രം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഈ നദി ഒഴി വരാൻ ഈ നദി വന്നിട്ട് നിങ്ങളെ കുളിപ്പിച്ചെടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഈ ആത്മഹതിയിലെ ജീവജലപ്രവാഹത്തിൽ ഒന്ന് നീന്തി തുടിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ പരിശുദ്ധാത്മാവിന്റെ ആശ്വാസദായകമായ ജീവജലത്തിൽ നിങ്ങൾക്ക് നീന്തി തുടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ പ്രിയപ്പെട്ടവരെ ബന്ധനം വഴിയും കേട്ടുകൾ വഴിയും ആരാധനയുങ്കൽ ആരാധനയിങ്കൽ ബാധകൾ മാറും കെട്ടുകൾ അഴിയും ആരാധനയിങ്കൽ ദൈവത്തിന് സ്തോത്രം സ്തുതിക്കുമ്പോൾ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും സ്തുതിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ ബന്ധനങ്ങളെല്ലാം മാറിപ്പോകും അപ്പോൾ ബാധകളെല്ലാം വിട്ടുപോകും ഭാരമില്ലാതാകും ഈ വെള്ളത്തിന് മീതെ പൊങ്ങുതടി കിടക്കുന്നതുപോലെ ആ പെരുവെള്ളത്തിൽ മീതെ നിങ്ങൾ നിങ്ങൾ മീതെ പതച്ചു കിടക്കും സ്തോത്രം നിങ്ങൾ വെള്ളത്തിൽ താണുപോവുകയല്ല നിങ്ങൾ മുങ്ങിപ്പോവുകയല്ല നിങ്ങളുടെ ഖനം പോകും നിങ്ങളുടെ ഖനം പോകും ഭാരങ്ങൾ നിങ്ങളെ അലട്ടുകയില്ല ഭാരങ്ങളില്ലാഞ്ഞിട്ടല്ല ഉണ്ട് അതെല്ലാം നിങ്ങളെ വിട്ട് മാറുകയാണ് ആകുലങ്ങളില്ലാഞ്ഞിട്ടല്ല സങ്കടങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല രോഗങ്ങളില്ലാഞ്ഞിട്ടല്ല ക്ലേശങ്ങളില്ലാഞ്ഞിട്ടല്ല ദുരിതങ്ങളില്ലാഞ്ഞിട്ടല്ല ആവശ്യത്തിന്റെ ക്ലേശങ്ങൾ നിങ്ങൾ ഇരട്ടാതിരുന്നിട്ടല്ല എല്ലാം ഉണ്ട് ഒറ്റപ്പെട്ട അനുഭവങ്ങളുണ്ട് പ്രിയപ്പെട്ടവർ മരിച്ചു പോയതിൽ ദുഃഖിച്ചിരിക്കുന്ന അനുഭവങ്ങളുണ്ട് ഒറ്റപ്പെട്ടു പോയല്ലോ ഞാൻ ആരോരുമില്ലാത്തവളായി പോയല്ലോ ഞാൻ ആരോരും ഇല്ലാത്തതായി പോയല്ലോ എന്റെ ഉള്ളു തുറന്നു പറയാൻ എനിക്ക് ആരുമില്ലാതായി പോയല്ലോ എന്നൊക്കെ ഒറ്റപ്പെട്ട് കഴിയുന്നവരുണ്ട് ദൈവത്തിന്റെ സ്തോത്രം ഈ ആത്മനദിയിൽ മുങ്ങിയാൽ മോനേ നീ ഒറ്റയ്ക്കല്ല എന്നീ അറിയും ഈ ആത്മനിധിയിൽ നീന്തിക്കൊള്ളിച്ചാൽ നിന്റെ ഭാരങ്ങളെല്ലാം വിട്ടുപോകും മക്കളെ കുറിച്ചുള്ള ഭാരത്തിൽ നടുവേൽപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് മക്കൾ അവര് ദുശീലങ്ങളുടെ അടിമളായിപ്പോയതിൽ അവര് സിനിമയുടെയും അവരെ കൂത്തുകാഴ്ചയുടെയും വെറുക്കൂത്തിന്റെയും നാടകങ്ങളുടെയും അതുപോലെ ബ്ലൂ ഫിലിമിന്റെയും മൊബൈൽ ഫോണിൽ പ്രണയബന്ധങ്ങളുടെയും അവസാന എല്ലാം ഉള്ള ഭീകരമായ തയർവാഴ്ചയിൽപ്പെട്ട് ആരഞ്ഞ് അറിഞ്ഞു പോകുന്നതിൽ നിങ്ങൾക്ക് ദുഃഖമുള്ളവരുണ്ട് എന്റെ ദൈവത്തിന് സ്തോത്രം അവർ പടുത്തമുഴപ്പി ജീവിതമുഴപ്പി ചുമതലാബോധമില്ലാതെ നടന്നു അവരവരുടെ കുടുംബത്തെക്കുറിച്ച് കരുതലില്ല മാതാപിതാക്കളെക്കുറിച്ച് ഓർമ്മയില്ല അവരവരുടെ ഭാര്യയെ നോക്കുന്നില്ല ഭർത്താവിനെ പരിഗണിക്കുന്നില്ല കുഞ്ഞുങ്ങളുടെ കാര്യം അന്വേഷിക്കുന്നില്ല ഉത്തരവാദിത്വമില്ല കടം കൂടിക്കൂടി വരുന്നു കടം കൂടുന്നതിനെക്കുറിച്ച് അവർക്ക് രാവിലാധിയില്ല മക്കൾ നശിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ ഭാരമുണ്ട് ഭാരങ്ങളെല്ലാം എല്ലാം ഇല്ലാതാകും ദൈവത്തിന് സ്തോത്രം ആ ആത്മനദിയിൽ നിങ്ങൾക്ക് കുളിക്കാം ആത്മനദിയിൽ നിങ്ങൾക്ക് നീന്താം ആത്മാവിന്റെ നദി നിങ്ങളുടെ മേലൊഴുകാൻ ഇപ്പോൾ തയ്യാറായി നിൽക്കുകയാണ് എന്റെ സ്നേഹിതരെ നിങ്ങളൊന്ന് തുറന്നാൽ മതി നിങ്ങളുടെ ഉള്ളൊന്നും തുറന്നാൽ മതി ഈ ആത്മനദി നിങ്ങളിലേക്ക് ഒഴുകി ഒഴുകി വരും ഈ ആത്മാവിന് നദിയിൽ നിങ്ങൾക്ക് നീന്താം നിങ്ങളുടെ ഭാരങ്ങളെല്ലാം മറന്നുപോകും എല്ലാം മറന്നു ഇനിയും ഇവിടം വിട്ടെഴുന്നിട്ട് പോയാലും ആ ഭാരങ്ങൾ നിങ്ങൾ ഇരട്ടാൻ നിങ്ങൾക്ക് ഇടവരികയില്ല നിങ്ങൾ എല്ലാം എല്ലാം എല്ലാം കുരിശ് ചൂട്ടിൽ കുഴിച്ചു മൂടിയ സന്തോഷാനുഭവത്തിലായിരിക്കും അവിടെ പിന്നെ കക്ഷി എല്ലാവരോടും സ്നേഹം അവിടെ പ്രകൃതിയോട് സ്നേഹം മൃഗജാലങ്ങളോട് സ്നേഹം അവിടെ പുഷ്പലതാ സ്നേഹം എല്ലായിടത്തും സ്നേഹം തന്നെ അവിടെ വാക്ക് പറയുന്ന വാക്കുകളിലൊക്കെയും കർശനമായി പറയുമ്പോഴും ശാസ് പറയുമ്പോഴും വഴക്ക് പറയുമ്പോഴെല്ലാം സ്നേഹത്തിന്റെ ആന്തോളനം മാത്രം സ്നേഹത്തിന്റെ ഓളമെട്ടൽ മാത്രം ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമവും ബഹുത്വപ്പെടട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വേണമോ ഈ ആത്മനദി ഞാന് കൂടുതൽ പറയാനല്ല എനിക്ക് എന്റെ ആശാദങ്ങളോട് പറയുകയാണ് എന്നെ ഞാനാക്കിയ എന്റെ യേശിവനെ നിങ്ങളത് അനുഭവിക്കണം എനിക്ക് സമാധാനം തന്ന യേശിവനെ നിങ്ങളെല്ലാവരും അനുഭവിക്കണം എന്റെ ഹൃദയത്തിൽ സ്വസ്ഥത തന്ന യേശിവനെ നിങ്ങളെല്ലാവരും അവൻ അനുഭവിക്കണം ഈ യേശുവിന്റെ സ്നേഹത്തെ നിങ്ങളെല്ലാവരും ഒന്ന് അറിയണം ദൈവത്തിന്റെ സ്തോത്രം ഈ യേശു ജീവിക്കുന്നുണ്ടെന്ന് നിങ്ങളെല്ലാവരും രുചിക്കണം രണ്ടായിരം കൊല്ലം മുമ്പ് മരിച്ചു കടന്നുപോയ യേശു അവൻ മരിച്ചു തീർന്നില്ല അവൻ ഇന്നും ജീവിക്കുകയാണ് അവൻ നമ്മുടെ ഇടയിലേക്ക് വന്നിട്ടുണ്ട് അത് നിങ്ങളെല്ലാവരും അറിയണം അവന്റെ കാര്യം ഉയർത്തുന്നത് നിങ്ങൾ കാണണം അവന്റെ കാര്യം നിങ്ങളെ സരസിൽ വയ്ക്കുന്നത് നിങ്ങൾ അറിയണം നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുന്നത് നിങ്ങൾ അറിയണം അവൻ നിങ്ങളുടെ ഹൃദയത്തിൽ തന്റെ കരം അമർത്തിപ്പിടിച്ച് നിങ്ങളുടെ ഹൃദയത്തിന്റെ വിങ്ങലുകൾ മാറ്റുന്നത് നിങ്ങളറിയണം ദൈവത്തിന്റെ സ്തോത്രം നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെല്ലാം രോഗമുണ്ടോ അവിടെയെല്ലാം അവന്റെ തിരക്തം പുരട്ടുന്നത് നിങ്ങളറിയണം ആത്മാവിന്റെ ജീവത നദി ആത്മാവ് നദി ഒഴുകുകയാണ് ആത്മാവ് നദി ഒഴുകുകയാണ് ആഴത്തിലേക്ക് നമ്മി നടത്തുകയാണ് ക്രിസ്ത്യൻ റിവായൽ ഫെലോഷിപ്പിൽ വരുന്ന ദൈവമക്കളെ ആഴങ്ങൾ ആഴങ്ങൾ അഭ്യസിപ്പിക്കുകയാണ് ആഴത്തിലേക്ക് കരണിയുള്ള കർത്താവ് നയിച്ചു കൊണ്ടുപോവുകയാണ് വിശുദ്ധീകരണത്തിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് വിശുദ്ധരാക്കിക്കൊണ്ടിരിക്കുകയാണ് പൂർണ്ണ വിശുദ്ധരായി ദൈവത്തെ എതിരേൽപ്പാൻ ഒരുക്കുന്ന മഹനീയ പ്രക്രിയയിൽ നിങ്ങളെയും കർത്താവ് പങ്കു ചേർത്തിരിക്കുകയാണ് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം മുഹത്തുപെടട്ടെ പരിശുദ്ധാത്മാവിന്റെ നദി ആ നദിയുടെ ഒഴുക്കിനൊത്ത് ഇനി ഞാൻ പൊയ്ക്കൊള്ളാം വാക്ക് നിങ്ങൾ പറയുവെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നദിയുടെ ഒഴുക്കിനൊത്ത് ഇനിമേൽ ഞാൻ ജീവിക്കുമെന്ന് ദൈവത്തോട് നിങ്ങൾ വാക്ക് പറയുമെങ്കിൽ പരിശുദ്ധാത്മാവ് നദിയിൽ ഒഴുക്കിന്നു ഇന്നു മുതൽ ഞാൻ ജീവിക്കും പരിശുദ്ധാത്മാവിന് പ്രസാദകരമല്ലാത്ത ഒന്നും എന്റെ ജീവിതത്തിൽ വരികയില്ല എന്റെ കർത്താവെ പരിശുദ്ധാത്മാവ് പ്രസാദിക്കാത്ത ഒരണുപോലെ ജീവിതത്തിൽ വരികയില്ല എന്ന് നിങ്ങൾ ഉറക്കുമെങ്കിൽ പരിശുദ്ധാത്മാവ് നടത്തുന്ന ഈ കൂട്ടായ്മയിലൂടെ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പുകൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കാൻ നിങ്ങൾ തീരുമാനിക്കുമെങ്കിൽ എന്റെ ദൈവത്തിന്റെ സ്ത്രോത്രം ദൈവത്തിന്റെ വലിയ നാമം ബഹുത്വപ്പെടട്ടെ നിങ്ങൾ തെറ്റായ ദിശയിലാണ് പോകുന്നതെന്ന് കൂട്ടായ്മയിൽ നിങ്ങൾക്ക് മനസ്സിലെ ബോധ്യം തന്നാൽ ആ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ അത് സർവാത്മനെ അംഗീകരിച്ച് തെറ്റായി വഴിവിടാൻ എനിക്ക് മനസ്സാണെന്ന് പറഞ്ഞ് നിങ്ങൾ ദൈവസന്നെ വിനയപ്പെടുമെങ്കിൽ എങ്കിൽ നിങ്ങളെ നേരൊഴുക്കി നടത്താൻ പരിശുദ്ധാത്മ നിങ്ങളുടെ വരും സംശയിക്കേണ്ട പരിശുദ്ധാത്മ നിങ്ങളെ തേടി വന്നിരിക്കുകയാണ് പരിശുദ്ധാത്മാവിതായി പന്തല്ലൂടെ ഒഴുകിയിരിക്കുകയാണ് ഈ പന്തല്ലൂടെ ഒഴുകി ഒഴുകി നിങ്ങളുടെ അരിയിലേക്ക് വരികയാണ് പന്തല്ലൂടെ പരിശുദ്ധാത്മാവിത ഒഴുകുകയാണ് എന്റെ ജീവനുള്ള ദൈവത്തിന്റെ ആത്മനദി നിങ്ങളുടെ നേരെ ഒഴി വരികയാണ് അത് ആയിരം മൂളക്കുമ്പോൾ അത് നരിയാണിയോളമായി ആയിരം മണു അളക്കുമ്പോൾ അത് മുട്ടോളമായി പിന്നെയും ആയിരം മണു അളക്കുമ്പോൾ അത് അരയോളമായി പിന്നെയും ആയിരം മൂളക്കുമ്പോൾ നീന്തി തുടങ്ങി നദിയായി തീർന്നു കാല് നിലത്തുറയ്ക്കാതെയായി നിലത്തുന്ന് കാല് പറഞ്ഞു പരിശുദ്ധാത്മാവിന്റെ ജീവനദിയില് മുഴുകിയവരാണ് പരിശുദ്ധാത്മാവിന്റെ അഗ്നി സ്നാനമേറ്റവരാണ് ഹാലലൂയ പരിശുദ്ധാത്മാവിന്റെ ജീവനദിയിൽ കുളിച്ചവരാണ് പരിശുദ്ധാത്മാവിന്റെ നീന്തി തുടിച്ചവരാണ് പുതിയ എറുസലമിൽ എത്തുന്നത് ദൈവജനമേ നിങ്ങൾക്ക് ആർക്കെല്ലാം താല്പര്യമുണ്ട് പുതിയ എറുസലമിലേക്കുള്ള തീർത്ഥയാത്രയിൽ ആരെല്ലാം പങ്കുചേരുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ തന്നെ പരിശോധിപ്പീൻ അതിനായി ഇപ്പോൾ അറിയാൻ വയ്യെങ്കിലും കർത്താവെ പരിശുദ്ധാത്മാവിന്റെ ജീവജലപ്രവാഹത്തോട് ഞാൻ ചേരുന്നു പരിശുദ്ധാത്മാവിന്റെ ആത്മ നദിയോട് ഞാനിതാ ചേരുന്നു ആത്മാവിന്റെ പ്രവാഹ ജലത്തോട് ചേർന്ന് ഞാനും ഇതാ ഒഴുകുന്നു നിങ്ങൾ ഇങ്ങനെ പറയുമെങ്കിൽ നിങ്ങളുടെ നാവിന്മേൽ എന്റെ നാഥൻ സ്തുതി വരച്ച് തരും സ്തുതി നിങ്ങളുടെ നാവിൻമേൽ എഴുതി തരും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 स्तोत्रम स्तोत्रम स्तोत्रम हालेलुया हालेलुया हालेलुया एनलंगार वस्त्रम धरिचीडुम् ञान इन्नु मूल देवमे मेलम एन्नीलसुद्धनु ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും അവന്റെ ദാസന്മാരവനെ ആരാധിക്കും അവർ അവന്റെ മുഖം കാണും അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും ഇനി രാത്രി ഉണ്ടാകുകയില്ല ദൈവമായ കർത്താവ് അവരുടെ പ്രകാശിക്കുന്നതുകൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല അവരന്ന് രാജാക്കന്മാരായിരിക്കും ദൈവത്തിന് എ ടി പിയേഴ്സൺ എന്ന് പറയുന്ന ഒരു ഭക്തനായ ഒരു വിശ്വാസി ഒരു ഗ്രന്ഥകാരൻ ഈ മൂന്നു മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി ഏഴ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷ് അറിയാവുന്ന എഴുതിയെടുത്താൽ നല്ലതാണ് ഏഴ് കാര്യങ്ങൾ വെളിപ്പാട് ഇരുപത്തിരണ്ടിന് മൂന്നു മുതൽ അഞ്ച് വരെ ഒന്ന് പേർഫെക്ട് സിൻലെസ്നെസ് ായ്മ പെർഫെക്റ്റ് സിൻലെസ്നസ് സിന്നില്ല സിൻലെസ്നസ് അത് പെർഫെക്റ്റ് ആണ് അത് പൂർണ്ണമാണ് പെർഫെക്റ്റ് സിൻലെസ്നെസ് രണ്ട് പെർഫെക്റ്റ് ഗവൺമെന്റ് സമ്പൂർണമായ ഭരണം പെർഫെക്റ്റ് ഗവൺമെന്റ് മൂന്ന് പെർഫെക്റ്റ് സർവീസ് സമ്പൂർണമായ ശുശ്രൂഷ പെർഫെക്റ്റ് സർവീസ് സമ്പൂർണ്ണമായ സേവനം സമ്പൂർണമായ ശുശ്രൂഷ നാല് പെർഫെക്റ്റ് കമ്മ്യൂണിയൻ ദൈവ സംസർഗം എന്തൊക്കെയാണ് ഒന്ന്ലെസ്നസ് പാവമില്ലായ്മ സമ്പൂർണമാണത് രണ്ട് പെർഫെക്റ്റ് ഗവൺമെന്റ് ഭരണം മൂന്ന് പെർഫെക്റ്റ് സർവീസ് സമ്പൂർണ്ണമായ ശുശ്രൂഷ സമ്പൂർണമായ സേവനം പെർഫെക്റ്റ് സർവീസ് നാല് പെർഫെക്റ്റ് സമ്പൂർണമായ സംസർഗം പെർഫെക്റ്റ് കമ്മ്യൂണിയൻ നാല് പെർഫെക്റ്റ് കമ്മ്യൂണിയൻ അഞ്ച് perfect resemblance sampurnamaya chaya sampurnamaya aanurupyam aanurupyam enna artham malasavilla chayi enna artham koruthu malasavu perfect resemblance ara perfect blessedness adha enna malasavu perfect blessedness sampurnamaya anigraham പെർഫെക്റ്റ് ബ്ലസ്സെറ്റ്നസ് ഏഴ് പെർഫെക്റ്റ് ഗ്ലോറി സമ്പൂർണ്ണ മഹത്വം എല്ലാം പൂർണ്ണമാണ് എന്തൊക്കെയാണ് അത് ഓരോന്നോരോന്ന് വ്യാസം വിശദീകരിക്കേണ്ടതാണ് ഓരോന്നും വിശദീരിച്ച് വിശദീരിച്ച് പോകേണ്ടതാണ് ഞാനതിന് സമയം എടുത്താൽ പെർഫെക്റ്റ് സിൻലെസ്നെസ് സമ്പൂർണമായ നിഷ്പാപ അനുഭവം പാപമില്ലായ്മ അതാണ് യാതൊരു ശാപവും ഇനി ഉണ്ടാകയില്ല എന്റെ ദൈവത്തിന്റെ സ്തോത്രം ശാപം ഈ ശാപം ശാപം എന്നാ തുടങ്ങിയത് ഏതെന് തോട്ടിൽ തുടങ്ങിയതാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം പതിനേഴാം വാക്കി വായിക്കാം മനുഷ്യനോട് കൽപ്പിച്ചതോ നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃഷ്ടഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശവിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ നിമിത്തം ഭൂമി ശവിക്കപ്പെട്ടിരിക്കുന്നു ശാപം വന്നിരിക്കുന്നു നിന്റെ നിമിത്തം ഭൂമി ശവിക്കപ്പെട്ടിരിക്കുന്നു ഭൂമി ശവിക്കപ്പെടുന്നു ശാപം തുടങ്ങിയതന്നാണ് ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചത് ശാപം വന്നു ജീവനുള്ള ദൈവം മനുഷ്യന്റെ നന്മയ്ക്കു കൽപ്പിച്ചിരുന്നു മനുഷ്യൻ നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നാൻ അവൻ പോകുന്നത് അപകടമാണ് ദൈവത്തിന് മനുഷ്യ മനുഷ്യന്റെ നന്മയെ കുറിച്ച് കരുതലുണ്ടായിരുന്നു നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നാൻ അവൻ പോകരുത് ചിലര് കുയുക്തിയായിട്ട് ചോദിക്കും അങ്ങനെയാണെങ്കിൽ അത് വേണ്ടാത്താണെങ്കിൽ പിന്നെന്തിനാ ദൈവം അവിടെ ദൈവം മനുഷ്യന് ഫ്രീ വില് കൊടുക്കുന്നു ഫ്രീ വില് പൂർണ ഇച്ഛാശക്തി ഏത് വേണം ഏത് വേണ്ട എന്ന് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനാണ് തന്റെ കൈപ്പുണയായി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ കേവലര് പാവയായിട്ടല്ല സൃഷ്ടിച്ചത് ഒരു പാവയായിട്ടല്ല ദൈവം എന്ത് പറയുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു അതിനൊത്ത് തുള്ളുന്ന താളം തുള്ളുന്ന ഒരു പാവയായിട്ടല്ല മനുഷ്യൻ സൃഷ്ടിച്ചത് ദൈവവിനെ ഒരു ഫ്രീ വില് കൊടുത്തു സ്വന്തം ഇച്ഛാശക്തി കൊടുത്തു സ്വന്തം തീരുമാന ശക്തി കൊടുത്തു സ്വന്തം റീസണിംഗ് പവർ കൊടുത്തു കാര്യകാരണ വിവേചന ശക്തി കൊടുത്തു അവന് സ്വയമായി ചിന്തിക്കാം അവനതിനുള്ളതായ കഴിവ് കൊടുത്തു ഏത് നല്ലതായത് തിന്മ അവൻ തിരിച്ചറിഞ്ഞ് നന്മയെ സ്വീകരിക്കാനും തിന്മയെ പുറന്തള്ളാനുമുള്ളതായ അവസരം കൊടുത്തു ഇതാണ് നന്മയെന്തെയും കാണിച്ചു കൊടുത്തു ഈ നന്മയുടെ വഴിയിൽ കൂടി പോയില്ലെങ്കിൽ നിനക്ക് തിന്മ വരുമെന്തെയും പറഞ്ഞുകൊടുത്തു ഇത് തിന്നരുത് തിന്നാൽ നിങ്ങൾ മരിക്കും ദൈവം മുന്നറിയിപ്പ് കൊടുത്തു ഉൽപ്പത്തി പുസ്തകത്തിലും വെളിപ്പാട് പുസ്തകത്തിലും മുന്നറിയിപ്പുകൾ കാണാം ഉൽപ്പത്തി പുസ്തകത്തിൽ ഏതെന്തോട്ടത്തിൽ തുടങ്ങിയ മുന്നറിയിപ്പ് വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാനത്തെ അധ്യായത്തിലും മുന്നറിയിപ്പുകളായി തുടരുന്നു വാർണിംഗ്സ് ദൈവം വാണിംഗ് കൊടുത്തു മുന്നറിയിപ്പ് കൊടുത്തു ന്യായവിധിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് വെളിപ്പാട് പുസ്തകം കൊടുത്തു മനുഷ്യൻ പാവം ചെയ്ത ജീവിച്ചാൽ ഭീകരമായ ശിക്ഷാവിധി വരുന്നു എന്നുള്ള മുന്നറിയിപ്പ് കൊടുത്തു ഭയങ്കഭയാനകമായ ശാപങ്ങൾ നിങ്ങളുടെ മേൽ നിൽക്കുമെന്നും നിങ്ങളുടെ തലമുറ ഉടമേൽ ശാപം നിൽക്കുമെന്നും പറഞ്ഞുകൊടുത്തു നിങ്ങൾ ചവിട്ടുന്ന ഭൂമിയൊക്കെയും ശവിക്കപ്പെട്ടിരിക്കുന്ന ചവിട്ടുന്ന നിങ്ങൾ വാഴുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ മൂലം ശാപം സംഭവിക്കുന്ന നിങ്ങൾ മൂലം നാശങ്ങൾ സംഭവിക്കുന്ന നിങ്ങൾ മൂലം ശിക്ഷാവിധി സംഭവിക്കും ഈ ഭൂമിയെ തീ കൊണ്ട് കഴുകിയെടുക്കേണ്ടി വരുന്നെയും പറഞ്ഞുകൊടുത്തു ഒരിക്കല മനുഷ്യൻ പാവം ചെയ്തപ്പോൾ വെള്ളം കൊണ്ട് കഴുകി ഈ ഭൂമിയെ ഇനി തീ കൊണ്ടാണ് കഴുകാൻ പോകുന്ന ദൈവം പറഞ്ഞുകൊടുത്തു മലാഖി നാലിന്റെ ഒന്ന് മുതൽ വായിക്കാം മലാഖി പ്രവാചക പുസ്തകം വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ ഒടുവിലത്തെ പുസ്തകം ഒടുവിൽത്തെ അധ്യായം തുടങ്ങുന്നത് മലാഖി നാലിന്റെ ഒന്നു മുതൽ പോലെ കത്തുന്ന ഒരു ദിവസം വരും ഭൂമി ഏതെങ്കിലും തീ കൊണ്ട് കഴുകാൻ പോകുന്നു ചൂളപോലെ കത്തുന്ന ഒരു ദിവസം വരും അപ്പോൾ അഹങ്കാരികളൊക്കെയും ഇപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും താളടിയാകും വൈക്കോൽ വെന്തുപോകുന്നത് പോലെ തീ പിടിക്കുമ്പോഴേക്കും വയ്ക്കുവൽ മുഴുവനായിട്ട് ഉണങ്ങിക്കഴിഞ്ഞിരിക്കുന്ന വയ്ക്കൂൽ മുഴുവനായി കത്തിത്തീരുന്നത് പോലെ താഴടിയാകും വെന്ത് വെണ്ണീറാകും വരുവാനുള്ള ആ ദിവസം വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ ഭൂമിയെ തീ കൊണ്ടു കഴുകുന്നതായ ദിവസം വേര് ശേഷിക്കുകയില്ല അകത്തിപ്പോകും കൊമ്പു ശേഷിക്കുകയില്ല അകത്തിപ്പോകും വേരും കൊമ്പും ശേഷിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും മനുഷ്യരെ ദഹിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ ഹോവാറിളി ചെയ്യുന്നു സൈന്യങ്ങളെ ഹോവാറിളി ചെയ്യുന്നു ദൈവത്തിന് സ്തോത്രം വരാനുള്ളൊരു ദിവസം തീ കൊണ്ട് കഴുകുന്ന ഒരു ദിവസം വരുന്നു ഈ ഭൂമിയെ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു ന്യായവിധിക്കായി സൂക്ഷിച്ചിരിക്കുന്നു വലിയൊരു ന്യായവിധി വരാൻ പോകുന്നു പ്രാചീന കാലത്ത് നോഹയുടെ കാലത്ത് മനുഷ്യരെല്ലാം തിന്മയുള്ളവരായിത്തീർന്നു അവരുടെ മനോനിരൂപണമൊക്കെയും തിന്മയാണ് ദൈവം കണ്ടു അവരുടെ ചിന്താഗതികളൊക്കെയും പാപമാണ് ദൈവം കണ്ടു അതെല്ലാം ക്രൂക്കടാണെന്ന് ദൈവം കണ്ടു അതെല്ലാം വളഞ്ഞ വഴികളാണെന്ന് ദൈവം കണ്ടു അവരിൽ നന്മയുടെ കണികയില്ലാതായി എന്ന് ദൈവം കണ്ടു ദൈവം മനുഷ്യനെ നശിപ്പിക്കാൻ തുടങ്ങുകയാണ് ദൈവം പക്ഷേ മുന്നറിയിപ്പ് കൂടാതെ നശിപ്പിക്കുകയില്ല നോഹ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് നൂറ്റി കൊല്ലം പ്രസംഗിച്ചു നീതി പ്രസംഗിയായ നോഹ ദൈവത്തിന്റെ വചനം നൂറ്റി കൊല്ലം പ്രസംഗിച്ചു ഈ പ്രളയത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകേണ്ടി വരികയില്ല നശിക്കുന്നതിന്റെ കൂടെ നിങ്ങൾ നശിക്കേണ്ടി വരികയില്ല നശിക്കുന്നതിന്റെ കൂടെ നിങ്ങൾ വേഗം പെട്ടകത്തിൽ വന്ന് കയറിയാൽ മതി പെട്ടകത്തിൽ കയറിയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് നോഹ പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു നോഹ ദൈവത്തിന്റെ കൽപ്പനപ്രകാരം വചനാനുസൃതം ഒരു പെട്ടകൻ ചമച്ചു പെട്ടകമുണ്ടാക്കി പെട്ടകത്തിന്റെ വാതുക്കൽ വാതിൽ തുറന്നിട്ടുകൊണ്ട് നോഹ വിളിച്ചു വരുവീൻ വരുവീൻ രക്ഷപ്പെടുവീൻ പ്രളയം വരുന്നു ജലപ്രളയം വരുന്നു ഭൂമി വെള്ളം കൊണ്ട് കഴുകാൻ പോകുന്നു ഈ ഭൂമിയിൽ ഒന്നും ഒന്നും ജീവനോടിരിക്കുകയില്ല ജീവനോടി ക്കണമെന്നുണ്ടെങ്കിൽ പെട്ടകത്തിൽ കയറി ആ ദൈവത്തിന്റെ കൽപ്പനപ്രകാരം ഞാൻ പെട്ടകം പണിതിരിക്കുന്നു ദൈവപുരുഷനായ നോഹയ്ക്ക് ദൈവത്തിന് പ്രിയപ്പെട്ടവരെ ഇന്ന് ഇന്ന് ദൈവം ക്രമ ചെയ്ത് ഈ പെട്ടകത്തെ ചൂണ്ടിക്കാണിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ് സ്വർഗീയ പെട്ടകം ഇത് പണി തീർത്തിരിക്കുന്നു അത് നിവർത്തിച്ചിരിക്കുന്നു അത് ഫിനിഷ്ഡായിരിക്കുന്നു ആ പണി പൂർത്തീകരിച്ചിരിക്കുന്നു രണ്ടായിരത്തിലുമ്പ് ഗോകുൽത്തായെ കാൽവരിമല മേൽ ആ കാൽവറിയിലെ ഗോകുൽത്താമേൽ യേശസ് ക്രൂശിക്കപ്പെട്ടതോടുകൂടി ഈ പെട്ടകത്തിന്റെ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു ഏത് പാവയ്ക്കും അകത്തു ആരും മാറി നിൽക്കണ്ട കൊലപാതക അടുത്തു വരാം വാടക കൊല ഇളയ്ക്ക് അടുത്തു വരാം കൂലി തല്ലുകാരനും അടുത്തു വരാം കവർച്ച ചെയ്തവനും അടുത്തു വരാം മോഷ്ടാവനും അടുത്തു വരാം പ്രിയപ്പെട്ടവരെ വ്യഭിചാര ജീവിതത്തിൽ രസിച്ചവനും അടുത്തു വരാം ഏറ്റവും ഹീനമായ ജീവിതം നയിച്ചവൾക്കും അടുത്തു വരാം പെട്ടകത്തിൽ കയറാം ഇന്ന് പെട്ടകത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്നു ഇനിതാ ദൈവം സംഹാരശപം കൊണ്ട് ഭൂമിയെ ദണ്ണിപ്പിക്കാൻ വരുന്നു സംഹാരശപം കൊണ്ട് ഭൂമിയെ ദണ്ഡിപ്പിക്കാൻ വരുന്നു തുറന്നു വായിക്കുകയും എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻകീഴിൽ രോഗോ ഉപശാന്തിയോടുകൂടെ ഉദിക്കും നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും ഞാൻ ദിവസത്തിൽ ഞാൻ മഹാസംഹാര ദിവസത്തിൽ ഞാൻ ദിവസത്തിൽ ദുഷ്ടന്മാർ നിങ്ങളുടെ കാലിൻകീഴിൽ ന്മാർ നീതി കെട്ടവര് ദൈവത്തിന്റെ വഴിയിലേക്ക് വരാത്തവര് നിങ്ങളുടെ കാൽ കീഴ് വെണ്ണീറായിത്തീര് നിങ്ങൾ അവരുടെ ശവത്തിന്റെ കരിഞ്ഞ ശവത്തിന്റെ അവരുടെ ജീവിത ശരീരം കരിഞ്ഞു തീർന്ന ആ ഭസ്മത്തിന്റെ ആ ചാരത്തിന്റെ മീതെ നിങ്ങൾ ചവിട്ടി നടക്കും നിങ്ങളവരെ ചവിട്ടിക്കളയുമെന്ന് നിങ്ങളവരെ ചവിട്ടിക്കളയുമെന്ന് സൈന്യങ്ങളുടെ ഹോവാറി സൈന്യങ്ങളെ ഹോവാറിൽ ചെയ്യുന്നു ഞാൻ ഹോരേബിൽ വെച്ച് എല്ലാ ഇസ്രായേലിനും വേണ്ടി എന്റെ ദാസനായ മോശയോട് കൽപ്പിച്ചിരിക്കുന്ന ന്യായപ്രമാണവും ചട്ടങ്ങളും വിധികളും ഓർത്തുകൊള്ളുവീൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ച ന്യായ പ്രമാണത്തിന്റെ എന്റെ പൂർവീയ പ്രവാചകന്മാർ മൂലം അവർ ഞാൻ നിങ്ങൾക്ക് തന്ന കൽപ്പനകളും ചട്ടങ്ങളും വിധികളും നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിനു മുമ്പേ അഭയാനകമായ ദിവസം തീ കൊണ്ട് കഴുകുന്നതായ തീ കൊണ്ടെല്ലാം എല്ലാം ദിവസം വരും മുൻപേ ഞാൻ നിങ്ങൾക്ക് ജയിലിയാ പ്രവാചകനെ ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരാൻ പ്രവാചകനായ്ക്കും ഞാൻ വന്ന് ഭൂമിയെ ഭൂമിയെ സംഹാരശ് കൊണ്ട് ദണ്ഡിപ്പിക്കാൻ എനിക്ക് മനസ്സില്ല എന്നാൽ നിങ്ങൾ മനം തിരിഞ്ഞില്ലെങ്കിൽ സംഹാരശപം കൊണ്ട് ഞാൻ വന്ന് ഈ ഭൂമിയെ സംഹാരശപം കൊണ്ട് നിങ്ങളെ ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും ഈ എലിയ വന്ന് അറിയിക്കുന്ന എന്താണ് അപ്പന്മാരും മക്കളും നിരപ്പായിക്കൊള്ളുകയും അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും ശബ്ദം വലിയൊരു മഹാസംഹാരം വരാൻ പോകുന്നു പ്രിയപ്പെട്ടവരെ അന്ന് നമുക്ക് നിത്യ എറുസ്ലേമിൽ വാസം ചെയ്യാം ഇന്ന് നാം മുദ്രയുള്ളവരായാൽ ഇന്ന് അടയാളായാൽ അന്ന് നിത്യസ്വർഗീയ എറുസ്ലേമിൽ നോക്ക് വസിക്കാം അവിടെ നോക്ക് വാഴാം അവിടെ രാജാക്കന്മാരെ പോലെ വാഴാം നാം രാജാക്കന്മാരായിരിക്കും കർത്താവ് പറയുന്നു ദൈവത്തിന്റെ സ്തോത്രം പുത്തനാ എറുസ്ലേമിൽ സ്തോത്രം നവീറുസ്ലേം പാർപ്പിടം എന്റെ കർത്താവെ സ്തോത്ര പുത്തനമെറുസ്ലിയിൽ നിന്ന് പാടിക്കുകയെ രണ്ട് ചീരുന്ന് പാടിക്കെ പുത്തനമീറു സ്ലേമിൽ പോകുമേ പുത്തനു ഖേദമെല്ലാം പോകുമേ കഷ്ടപ്പെട്ടിണി ഇല്ലാത്ത നാട്ടില്ല കർത്താവൊഴുക്കുന്ന സന്തോഷ വീട്ടില്ല കഷ്ടപട്ടിണി ഇല്ലാത്ത നാട്ടില്ല കർത്താവൊഴുക്കുന്ന സന്തോഷ വീട്ടില്ല തേജസ് മോഹരനീരീരങ്ങൾ ഭരിച്ചു രാജരാജോറും രാജരാജോധിരാജനായ യേശുവിന്റെ കൂടെ വാഴുന്നതായ പുത്തനെ റൂസലൈം വേറൊരു പഴയ പാട്ടുണ്ട് നമയേ അമ്മേ ഭവനമേനീക്യൂ നീച്ചേ നവയേറൂശലേമെന്റെ അമ്മേ ഭവനമേനീക്കയു നീച്ച മുത്തുരത്നങ്ങളാൽ അലങ്കൃതമായ മുത്തുരത്നങ്ങളാൽ അലങ്കൃതമായ ഉത്തുങ്കമാം നഗരത്തിൽ എത്തും ഞാനീ യുഗാന്ദ്യത്തിൽ ഉത്തുംഗമാംഭവനത്തിൽ എത്തും ഞാനീ യുഗാന്ത്യത്തിൽ നവയേറുശലേമെന്റെ അമ്മേ ഭവനമേനീക്യു നീചം മേ നവയേറുശലേമെന്റെ അമ്മേ ഭവനമേനീക്യു നീച്ചേ ടൽ തീരത്തിരുന്നു ഞാനേ പഴുങ്കുകടൽ തീരത്തിരുന്നു ഞാനെൻറെ കളങ്കമറ്റുവെക്കാൺമാൻ വിളങ്ങും വിശ്വാസത്തലോടും വിളങ്ങും വിശ്വാസത്തലോടും നവയേറു അമ്മേ പവനമേനീക്യു നീച്ചേ നവയേറൂസലേമന്റെ അമ്മേ പവനമേനീക്യു നീച്ചേ ക്രൂസിലെയഗമൻ ജീവനാധാരം ക്രൂസിലെയാഗമേൻ ജീവനാധാരം നാസലോകം വെടിഞ്ഞോട യോടെ സുവേ നേടാ നാസലോകം വേടിഞ്ഞോട ആസയോടെ സുവേ നേട നവയേറൂശലേവെന്റെ അമ്മേ പവനാമേനീക്യു നീച്ചമ്മേ നവയേറൂശലേവന്റെ അമ്മേ പവനാമേനീക്യു നീചമ്മേ മഹാകവിൻ കെ വി സമീൻസാർ എഴുതിയ പാട്ടാണ് പഴയകാലത്തെ പാട്ടാണ് അനുഗ്രഹീതനായ ഒരു മഹാകവിയായിരുന്നു കെ വി സമൻ സാറ് വലിയൊരു സുവിശേഷകൻ വലിയൊരു സുവിശേഷകൻ അധികവും സംസ്കൃതത്തിൽ ഉൾപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ച കവിത എഴുതിയിരുന്നത് പാട്ട് എഴുതിയിരുന്നത് പക്ഷെ ഇത് വലിയ സംസ്കൃത പദങ്ങളൊന്നുമില്ല മനസ്സിലാകും ദൈവത്തിന്റെ സ്ത്രോത്രം പുത്തന ഇറുസ്ലേമിലെ വാസത്തെക്കുറിച്ചുള്ളതായ കാഴ്ചപ്പാടുണ്ടായിരുന്നു ശാപമില്ലാത്ത ശനി ശാപം ഒന്നും ഉണ്ടാകയില്ല ഇന്ന് ശാപങ്ങളുണ്ട് ശാപങ്ങളുണ്ട് പലതരം ശാപങ്ങൾ നമ്മളീ ദിവസങ്ങളിൽ അതൊക്കെ ചിന്തിച്ചു വരികയാണ് മാറാ രോഗങ്ങൾ അത് ശാപമാണ് കാരണവന്മാരുടെ രോഗം മക്കളിലേക്ക് പകരുന്നു ഒരു ശാപമാണ് കഴിഞ്ഞ ദിവസം ഡോക്ടർ വന്നപ്പോഴ് ഞാൻ ഡോക്ടർ ചോദിച്ചു ചില രോഗങ്ങളുടെ കാര്യം ഇത് ഹെറിഡിറ്ററി ഇത് പാരമ്പര്യമായിട്ട് വരുന്നതാണോ എന്ന് ചോദിച്ചു അതേ പാരമ്പര്യമായിട്ട് വരുന്നതാ എന്താണ് ചില രോഗങ്ങൾ പാരമ്പര്യമായിട്ട് വരുന്നുണ്ട് പാരമ്പര്യമായിട്ട് ആ ജെനറ്റിക് ഈ നമ്മുടെ ജീൻസിൽ കൂടി ഇങ്ങനെ പൂർവീകന്മാരുടെ ജീൻസിൽ കൂടി ഇങ്ങനെ പകർന്നു പകർന്നു വരും ചില മാനസിക രോഗങ്ങൾ ചില മാനസിക ദൌർബല്യങ്ങൾ ഈ ഭ്രാന്ത മുതലായ കാര്യങ്ങൾ പക്ഷേ അത് ദൈവത്തിന് മുറിക്കാൻ പറ്റും അത് നമ്മുടെ കാലത്ത് നമ്മുടെ തലമുറയിൽ അത് മുറിച്ചു മാറ്റാൻ പറ്റും ശാപങ്ങള് ചിലർക്ക് സംശയ രോഗം എന്നാൾ പറഞ്ഞില്ലേ സംശയ രോഗം എല്ലാം തൊട്ടത്തിന് പിടിച്ചതിനൊക്കെ ഭർത്താവിന് സംശയ ഭർത്താവ് കയറി അനോണനോട് സ്നേഹ അരണ്ണോട് സ്നേഹ ഒരു പാവം സ്ത്രീ കുറച്ചുനാള് മുമ്പാ എന്നെ വിളിച്ചു സാറേ അദ്ദേഹത്തിന് എന്നെ സംശയാ ഞാൻ മനസ്സറിഞ്ഞൊരി കാര്യത്തിന് പോയിട്ടില്ല എനിക്കങ്ങനെ ഒരു ഒരിക്കലും ഒരു സംഭവം ഉണ്ടാവുകയില്ല പക്ഷെ എന്നെ സംശയാണ് സാറേ ഞാൻ എന്താ വേണ്ടേ ഞാൻ സ്ത്രീ പറഞ്ഞ ഫോണിൽക്കൂടെ പറയുന്നേ സാറേ ഞാന് രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ അദ്ദേഹവും ഒരുമിച്ച് ഞങ്ങളൊരു ബെഡിലാണ് കിടക്കുന്നേ പക്ഷെ പെട്ടെന്ന് അദ്ദേഹം ചാടിയണിക്കും ഞാൻ നല്ല ഉറക്കത്തിലായിരിക്കും എന്നെ വിളിച്ചണിപ്പിക്കും ആരുടെ ഇപ്പോൾ ഇവിടത്തുണ്ടായിരുന്നത് ആരാ ഇവിടെ ഉണ്ടായിരുന്ന ആരാ പറ ആരാണ് നീ ആർക്കു വേണ്ടി മുറി തുറന്നു കൊടുത്തില്ലേ ആരാ പറയണം സാറേ ഞാൻ എന്താ പറയണേ വോ അദ്ദേഹം അവിടെ ദുസ്വത്നം ഞാൻ പറഞ്ഞു സാർ ഒന്നീ ദുസ്വത്നൊന്നും അതൊരു പൈശാചിക ബാധയാണ് അതൊരു വലിയ ബാധയാണ് ഒരു ഭീകരമായ ബാധയാണ് ആൾ വന്നു തന്നെയാണ് അദ്ദേഹം സാറേ ആ ആളെ കൊല്ലാനായിട്ട് കാച്ചിയ വാക്കത്തില്ല കീഴിൽ വെച്ചിരിക്കുക അത് ഉടനെ വാതിൽ തുറന്ന് ക്ലോസ് അടിച്ചു നോക്കും അവിടെയും കണ്ടു വന്ന് സാറേ അതൊരു വലിയ കെടുതിയാണ് എന്നിട്ട് പിന്നെ എന്നോട് ചോദിക്കും ചോദിച്ച് ആരും വന്നില്ലാന്ന് ഞാൻ പറയുമ്പോഴ് നീ നുണ പറയുന്നത് ഞാൻ തല്ലും ഞാൻ എങ്ങനെയാ ഇല്ലാത്തത് പറയുന്നത് ആരും വന്നില്ല പക്ഷെ ഞാൻ എങ്ങനെയാ പറയുന്നത് അദ്ദേഹത്തിന് അത് വന്നു എന്ന് ഞാൻ പറയണം എന്നാലേ തല്ലു തീർത്തോളൂ ഞാൻ തല്ലുകൊള്ളാത്ത രാത്രി ഇല്ല പകലൊക്കെ നല്ല മനുഷ്യനാണ് ഒരു കുഴപ്പവും ഇല്ല കേൾക്കും ഇതൊരു വലിയ ശാപമാണ് വലിയൊരു ശാവം വേണമെങ്കിൽ മുറിച്ച് കളയാൻ കേട്ടോ ആരാ ആരാ നിങ്ങൾക്ക് വേണമെങ്കിൽ ആരാ മുറിച്ച് തരുന്നേ കൂട്ടായ്മക്കാരല്ല ദൈവക്കളരുമല്ല എന്റെ കരുണയുള്ള കർത്താവ് ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിച്ച് ക്രിസ്തുവിനെ നിങ്ങൾ സ്നേഹിച്ചാൽ ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിച്ച് ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചാൽ ഭാവിക്കുവേണ്ടി കുരിശിൽ പുണ്ണി നിണൻ ചൊരിഞ്ഞവൻ നിങ്ങളുടെ ഈ ശാവം മാറ്റും ദൈവത്തിന് സ്തോത്രം അപ്പന്റെ കാലത്ത് ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു മോന്റെ കാലത്തും ഈ സംശയം തുടങ്ങി നീ അടുത്ത് മക്കളുടെ കാലത്ത് തുടങ്ങും നീ ഇന്ന് മുറിച്ചുകളഞ്ഞില്ലെങ്കിൽ ഈ നൂല് ഈ ചരട നീ മുറിച്ചില്ലെങ്കിൽ അടുത്ത മക്കളിലേക്ക് സംക്രമിക്കും മക്കളുടെ കാലത്തേക്ക് സംക്രമിക്കും അതുപോലെ എന്തല്ല എന്തല്ല എന്തല്ല ദൈവത്തിന്റെ സ്ത്രോത്രം എന്നോ ഒരിക്കൽ അപ്പൻ അപ്പനോ പക്ഷേ പൂർവികന്മാരുടെ കാലത്ത് വല്ല ഭൂചാരദോഷങ്ങൾ കുടുങ്ങിയിട്ടുണ്ടോ അന്ന് കയറിയതാണോ ഇഷ്ടപിശാജ് ഈ ബാധ അന്ന് അതൊക്കെ ഇനി വേരതുകൊണ്ട് വേരതുകൊണ്ടി ചെന്ന് അത് ആത്മാവ് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷേ നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങളതൊന്നും കണ്ടുപിടിക്കണമെന്നില്ല കർത്താവെ എന്റെ മേൽ ചില ശാപങ്ങളുണ്ട് എന്റെ മേൽ ചില ശാപങ്ങളുണ്ട് നിന്റെ തിരി രക്തത്താലിനെ കഴുകി എനിക്ക് ഈ ശബ്ദം ഒന്ന് കേൾക്കണം യാതോ ഒരു ശാപവും ഇനി ഉണ്ടാകയില്ല എനിക്കതൊന്ന് കേൾക്കണം കർത്താവെ എന്റെ ഹൃദയത്തോട് നീ അത് സംസാരിക്കണം യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല പ്രിയപ്പെട്ടവര് നിങ്ങൾക്കറിയാമോ അന്യായമായി സമ്പാദിക്കുന്നവർ ശാവം വാങ്ങുകയാണെന്ന് അന്യായമായി സമ്പാദിക്കുന്നവര്ത്ത് പൈസ സമ്പാദിച്ച് പോകരുത് അവിഹിതമായി പത്ത് രൂപ കൈവശം വന്നു പോകരുത് മറ്റുള്ളവരുടെ രൂപ വല്ലതും നിങ്ങൾ കൈവശമുണ്ടോ വേഗം ഒഴിവാക്കുന്ന നല്ലതാണ് വേഗം ഒഴിവാക്കുക നിങ്ങളുടെ മക്കളിലേക്ക് പടർന്ന് കയറുന്നതിന് മുമ്പ് വേഗം ഒഴിവാക്കുകയോ ദൈവത്തിന്റെ സ്തോത്രം എന്തെങ്കിലും നമുക്ക് അവിഹിതമായിട്ട് നമുക്ക് അർഹതയില്ലാത്തത് എൻ്റെ ദൈവത്തിന് സ്ഥലം ഇപ്പോഴിരിക്കുന്നൊരു ചെറുപ്പക്കാരൻ എൻ്റെ പറഞ്ഞതാണ് സാറേ ഞാന് ഇപ്പോൾ കേരളത്തിൽ വേറെ ഒരു ഭാഗത്താണ് കുറച്ചധികം ദൂരെയാണ് അവിടെ ഞാൻ അവിടെ ഞാനൊരു ജോലിക്ക് പോയതാണ് ഞാനവിടെ ജോലിക്ക് പോയപ്പോൾ ഞാനും എൻ്റെ കൂടെയുള്ള എൻ്റെ ജോലി കൂടെയുള്ള ആളും കൂടെ ഞങ്ങൾ യാത്ര ചെയ്ത് ഞങ്ങൾ പോരുന്നൊഴിക്ക് ഒരു മനുഷ്യൻ വീണെടുക്കുക ബൈക്ക് ആക്സിഡന്റ് ബൈക്കിൽ നിന്ന് വീണെടുക്കുക വേറൊരാളെ ആൾക്കേരുന്നുണ്ട് ആളെ രക്ഷിക്കാൻ നോക്കുകയല്ല അയാളുടെ പോക്കറ്റ് തപ്പുക പേഴ്സ് തപ്പുക ബൈക്ക് ആക്സിഡന്റ് വീണു പോയളാണ് ആളുടെ പോക്കറ്റ് തപ്പുക ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ഇറങ്ങിച്ചതിന്റെ അയാളാ രൂപ കൊണ്ടുപോകും ഞങ്ങൾ ആ ആളെ ഹോസ്പിറ്റലിലാക്കി ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും മറ്റേയാൾ ഓടിപ്പോയി പക്ഷേ അയാളുടെ പോക്കറ്റിലുണ്ടായിരുന്ന രൂപ ഞങ്ങൾ എടുത്തു ഒരു നാലായിരം രൂപ എടുത്തു നാലായിരം രൂപ അപ്പോൾ ഞാനല്ല എടുത്തത് എന്റെ കൂടെ ഉണ്ടായിരുന്നയാളാ എടുത്തത് സാറേ എന്താ വേണ്ടേ ഇപ്പം ഞാൻ മാനസം തട്ട് കഴിഞ്ഞപ്പോഴ് ആ രൂപയിൽ പകുതി എനിക്ക് അദ്ദേഹം തന്നായിരുന്നു ഞാനത് ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്നെ ആളെവിടെയാണോ എന്താണോ ആ ഒന്നും അറിയാൻ പാടില്ല പിന്നീട് ഞാൻ ചെന്ന് അന്വേഷിച്ചപ്പോഴൊരു കാര്യം മനസ്സിലായി അദ്ദേഹം ഇപ്പ നാട്ടിലില്ല അവിടെ ജോലി സംബന്ധമായിട്ട് വന്ന് താമസിച്ചയാളാ വളരെ ദൂരെയും കണ്ടുള്ള ഒരാളാണ് സാറേ എന്നെ എന്നെ ചെയ്യും എന്റെ മേലിൽ ഈ ബന്ധനം അറിഞ്ഞാ എന്ത് ചെയ്യും ദൈവത്തിന്റെ സ്തോത്രം ഞാൻ പറഞ്ഞിരിക്കുകയാണ് പ്രാർത്ഥിക്കുകയോ ആളെ അറിയാൻ പാടില്ല പക്ഷേ നമുക്ക് ബന്ധം അഴിഞ്ഞു കിട്ടുകയും വേണം അതെന്താ വേണ്ടതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കർത്താവ് അത് നിങ്ങൾക്ക് അത് വേണ്ടതുപോലെ ചെയ്യാനുള്ള ക്രമ തരുമെന്നുള്ള വഴിയൊരുക്കും ദൈവത്തിന്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ നിങ്ങളോട്ട് പറയട്ടെ ഈ കൈവശം വേണ്ടാത്ത വേണ്ടാത്തിന് ഒന്നിരിക്കില്ലേ ദോഷമാണ് മക്കൾക്ക് നന്നാവില്ല മക്കൾക്ക് ദോഷമായിട്ട് തീരും ഈ വ്യഭിചാര ദോഷങ്ങൾ കൊണ്ട് കുടുംബം കലക്കിയവര് ഭർത്താവിന് വഞ്ചിച്ചവര് മക്കൾക്കു വേണ്ടി വ്യഭിചാരം ഡിപ്പോസിണെന്ന് അറിയുന്നുണ്ടോ വ്യഭിചാര ജീവിതം കൊണ്ട് ഭാര്യയെ വഞ്ചിച്ചവര് അന്യസ്ത്രീയുടെ കൂടെ ജീവിച്ചവര് മക്കൾ നിങ്ങൾ മക്കളെ സ്നേഹിക്കുന്നില്ലേ മക്കൾക്ക് വേണ്ടി ദുരിതവും അപകടവും ഡിപ്പോസി ചെയ്യുകയാണ് നിത്യതിലേക്ക് ഡിപ്പോസി ചെയ്യുകയാണ് വേഗം കണ്ണുനീരോടെ കരഞ്ഞ് കൈപ്പോടെ കരഞ്ഞ് അനുദവിച്ച് അനുദവിച്ച് അനുദവിച്ച് ഏറ്റുപറഞ്ഞ് മോചനം പ്രാപിച്ചുകൊള്ളണം ദൈവസനയിൽ നിന്ന് മോചനം പ്രാപിച്ചു ദൈവത്തിന് സ്തോത്രം കേൾക്കുക പ്രിയപ്പെട്ടവര് കൈക്കൂലി വാങ്ങുന്നവര് അഴിമതിക്ക് കൂട്ടുനിന്ന് രൂപ സമ്പാദിക്കുന്നവര് പാവപ്പെട്ടവന് ന്യായം മറിച്ചു കളയുന്നവര് സാധുവിന് കിട്ടേണ്ട ന്യായം നിങ്ങൾ ഇടപെട്ടത് മൂലം നഷ്ടപ്പെട്ടുപോയത് അപകടങ്ങളാണിതല്ല ഒരിക്കലും ഒരിക്കലും അന്യന്റെ പാവങ്ങൾ നിങ്ങൾ ഓഹരിക്കാരാകരുത് സൂക്ഷിച്ചുകൊള്ളണം ദൈവത്തിന് സ്തോത്രം ഇന്ന് നിങ്ങൾക്ക് കളിയാണ് ഇന്ന് പാവം കളിയാണ് പാമ്പിനോട് കളിക്കരുത് പാപത്തിനധികളായി വിശാദിനോട് കളി കൂടരുത് കാരണവൻ ആഞ്ഞുകൊത്തും പാപം വിരിയമ്പാമ്പ് പോലെ തന്നെ കൊത്തും അവൻ പോലെ തന്നെ കടിക്കും സൂക്ഷിക്കുക അപകടങ്ങൾ നിങ്ങൾ ക്ഷണിച്ച് വരുത്തരുത് ഏതെല്ലാം കാര്യങ്ങൾ തിരുത്താനുണ്ടോ എല്ലാം തിരുത്തിക്കൊള്ളുക ഒന്നും ബാക്കി വച്ചേക്കരുത് എല്ലാം എല്ലാം ആരോടെങ്കിലും പിണക്കമുണ്ടോ ആരോടെങ്കിലും ഈർഷ്യുണ്ടോ മക്കൾക്ക് വേണ്ടി അപകടം നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യുകയാണ് ആരോടെങ്കിലും നിങ്ങൾക്ക് വൈരാഗ്യമുണ്ടോ ആരുടെങ്കിലും പ്രതികാര ചിന്തയുണ്ടോ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ ഉള്ളിൽ ഇപ്പോഴും വിട്ടുമാറാത്തതായ കൈപ്പോ ഈർഷിയോ മുഷിച്ചിലോ അമർഷമോ ഹൃദയത്തിൽ അങ്ങനെ നിഗൂഢമായി ഒളിച്ചിരിപ്പുണ്ടോ എല്ലാം വേഗം വേഗം കളഞ്ഞുകൊള്ളുക ശാപം തലയിൽ നിന്ന് മാറ്റിക്കൊള്ളുക ദൈവത്തിന് സ്തോത്രം മറ്റയാൾ അനുഭവിച്ചോ അനുസന്ധപ്പെട്ടോ നിങ്ങൾ നോക്കണ്ട നിങ്ങളുടെ ഹൃദയം സ്വച്ഛമാക്കിക്കൊള്ളുക നിങ്ങളുടെ ഭാവം കഴുകി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളുക നിങ്ങൾ കരഞ്ഞുകൊള്ളുക സ്ത്രോത്രം ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ ശാപം തുടങ്ങി എന്തുകൊണ്ടാണ് ഒരു തലമുറക്കാലം കഴിയുമ്പോൾ ചിലപ്പോൾ ചിലര് വളരെ വേഗം വളരെ വേഗം അധപതിക്കുന്നത് ചിലർ ഒരു തലമുറക്കാലം പോലും നിൽക്കുന്നില്ല അവരുടെ സമ്പത്തും അവരുടെ സൌകര്യങ്ങളും എന്താ പറ്റുന്നത് എവിടെയോ പാളിച്ച കിടപ്പുണ്ട് എവിടെയോ നൂൽപിണക്കം കിടപ്പുണ്ട് എവിടെയോ ഒരു താളം തട്ടിൽ കിടപ്പുണ്ട് എവിടെയോ പാവം കിടപ്പുണ്ട് വേഗം നേരെയാക്കിയോ ഒട്ടും അമാന്തിക്കേണ്ട നിങ്ങൾ മൂലം ആരെങ്കിലും വ്യസനിക്കാനിട വന്നോ ആരെങ്കിലും ആരെങ്കിലും വാസ്തവമായും ദുഃഖിക്കാൻ ഇടവന്നോ അന്യായമായി ദുഃഖിച്ചോ സത്യമായി നിങ്ങൾ തെറ്റി ചെയ്തുകൊണ്ട് ആരെങ്കിലും ദുഃഖിക്കാൻ നിങ്ങൾ അന്യായം ചെയ്തത് ആർക്കെങ്കിലും ദുഃഖം തോന്നാനിടവന്നോ ആർക്കെങ്കിലും ദോഷമായി നിങ്ങൾ എന്തെങ്കിലും നിരൂപിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ദോഷം വന്നോ പ്രിയപ്പെട്ടവരെ ഭയപ്പെടുക നിങ്ങൾ വളരെ ഭയത്തോടെ ചിന്തിക്കുക ജീവിതത്തിൽ നാശം വരാതിരിക്കാൻ അതിവേഗം അതിവേഗം മനംതിരിഞ്ഞുകൊള്ളുക ശാവം ശാപം ഉൽപത്തികത്തിൽ മനുഷ്യൻ പാപം ചെയ്ത മൂലം ശാപം വന്നു ഇത് കുറെ അധികം വിസ്തരിക്കാനുണ്ട് മനുഷ്യൻ പാപം ചെയ്തതു മൂലം ശാപം വന്നു എന്നാൽ ഇവിടെ പറയുന്നു ദൈവത്തിന്റെ സ്ത്രോ യാതൊരു ശാപുവിനി ഉണ്ടാകുകയില്ല യാതൊരു ശാബുവിനി ഉണ്ടാകുകയില്ല എന്നുള്ള പ്രഖ്യാപനത്തിന്റെ പുതിയ രോഗം എത്തണമെങ്കിൽ എന്തു ചെയ്യണമെന്ന് അറിയാമോ ഗലാത്തിയർ മൂന്നിന്റെ പതിമൂന്ന് വായിക്കണം ഗലാത്തിയർ മൂന്നിന്റെ പതിമൂന്ന് മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു സ്ത്രോത്രം ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കുവാങ്ങി ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നാം അടിമപ്പെട്ട് കിടക്കുകയായിരുന്നു ക്രിസ്തു തന്റെ ശാപം മൂലം െ തൻ രക്തം കൊടുത്ത് വിലക്ക് വാങ്ങി ശാപത്തിന്റെ കയ്യിൽ നിന്നമ്മേ വിലക്ക് പിടിച്ചു വാങ്ങി വിലക്ക് വാങ്ങി ശാപത്തിന്റെ വില കർത്താവ് കൊടുത്തു മകനെയീർക്കാൻ വയ്യ കൊടുത്തു തീർക്കാൻ നിന്റെ കൈവശം നിന്റെ യാതോ ഒരു നന്മപ്രവൃത്തിയും ഇത് കൊടുത്തു തീരുകയില്ല നിന്റെ അനുതാപം കൊണ്ടും കൊടുത്തു തീരുകയില്ല നിന്റെ മാനസാന്തരം കൊണ്ടും കൊടുത്തു തീരുകയില്ല മകളെ നീ എന്തെല്ലാം പുണ്യർപ്പണം ചെയ്താലും ഇത് കൊടുത്തു തീരുകയില്ല ദൈവത്തിന് സ്തോത്രം നിനക്ക് വേണമെങ്കിൽ പള്ളിയിൽ കൊണ്ടുപോയി ചുറ്റുകളൊക്കെ എത്തിക്കാം മെഴുകിലെത്തിച്ച് വെക്കാം അല്ലെങ്കിൽ മെഴുകില് പിടിച്ചുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോയി നിൽക്കാം അതൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ അതുകൊണ്ടൊന്നും പാവം പോകില്ല ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വേണമെങ്കിൽ പെരുന്നാളില് കൊടി പിടിച്ചുകൊണ്ട് മുന്നേ നടക്കാം ഒക്കെ ചെയ്തോളൂ പക്ഷെ അതുകൊണ്ട് പാവം പോകൂല ദൈവത്തിന് സ്തോത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ ചെണ്ടകോട്ടിന്റെയും ബാരിമേളത്തിന്റെയും രൂപ നിങ്ങൾക്ക് മുടക്കാം പൈസ ഉണ്ടെങ്കിൽ ചെയ്തോളൂ വിരോധമൊന്നുമില്ല പക്ഷെ അതുകൊണ്ട് നിന്റെ പാപം പോകില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നടന്ന് നടന്ന് അങ്ങ് തീർത്ഥയാത്രക്ക് പോകാം തീർത്ഥയാത്ര നടന്നു പോയി ക്ലേശിച്ച് നടന്നുപോയി തീർത്ഥയാത്ര നടത്താം പാപം പോകില്ല മലയാറ്റുണ്ടയുടെ മുകളിലേക്ക് നടന്ന് കയറാം പാപം പോവില്ല ദൈവത്തിന് സ്തോത്രം നിന്റെ ശാപം പോകണമെങ്കിൽ ഇതാ ഒരുവനു വില കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു അത് നീയെ സ്വന്തമാക്കണം അത് നീ റിയലൈസ് ചെയ്യണം എന്റെ കർത്താവേ എന്റെ കുടുംബത്തിന്മേൽ ചില ശാപങ്ങളുണ്ട് ചില മനോരോഗങ്ങളുടെ കുടുംബത്തെ പിന്തുടരുന്നുണ്ട് തലമുറകളായി പിന്തുടരുന്നതായ മനോവൈകല്യങ്ങളുണ്ട് ചില മാനസിക വിഭ്രാന്തികളുണ്ട് ഒരു ഭയത്തിന്റെ ആത്മാവ് പിന്തുടരുന്നു ഒരു വിഷാദാത്മകത്വത്തിന്റെ ആത്മാവ് പിന്തുടരുന്നു വിഷാദാത്മകത്വം വിഷാദാത്മകത്വം എന്നുവെച്ചാൽ എന്താണ് എപ്പോഴും പ്ലാനമായിരിക്കുക ഒരു മിട്ടാട്ടമില്ലാതിരിക്കുക വിഷാദാത്മകത്വം ദൈവത്തിന് സ്തോത്രം ദൈവമക്കളെ ഇതെല്ലാം മാറ്റാനാണ് എന്റെ യേശു കുരിശിൽ മരിച്ചത് ഹാലോ യഥയോധന സ്ത്രോത്രം എല്ലാം മാറും ഈ കുരിശിൽ മരിച്ച രക്ഷകനെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുമെങ്കിൽ നിങ്ങളുടെ ഉള്ളത്തിലേക്ക് യേശുവിനെ ക്ഷണിക്കുമെങ്കിൽ യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുമെങ്കിൽ എല്ലാ ശാപവും മാറും എല്ലാ ദോഷവും മാറും യേശു നിങ്ങളുടെ അകത്തേക്ക് വരുമെങ്കിൽ നിങ്ങളുടെ സകല തിന്മകളും മാറും സകലദോഷങ്ങളും മാറും സകല ശാപങ്ങളും മാറും യേശുക്രിസ്തു തിരി രക്തം നിങ്ങളുടെ പാപങ്ങൾ കഴുകും അതോടൊപ്പം നിങ്ങളുടെ ശാപങ്ങൾ മാറ്റും ദൈവത്തിന് സ്തോത്രം അങ്ങനെ നിങ്ങളുടെ ബാധകൾ മാറും സ്നേഹിതരെ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം കൈവരണ്ടേ നിങ്ങളുടെ ജീവിതത്തിൽ പാവമോചനം കിട്ടണ്ടേ പാവം ക്ഷമിക്കപ്പെട്ടു എന്നുള്ളത് ഉറപ്പ് കിട്ടണ്ടേ ലംഘനം ക്ഷമിച്ചും പാവം മറച്ചും കിട്ടിയാൻ ഭാഗ്യവാൻ യഹോവാകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കവടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ദൈവത്തിന് സ്തോത്രം ഇന്ന് ഈ പകൽക്കാലം ഞാൻ ക്ലാസ് തീർക്കുന്നതിന് മുൻപ് എന്റെ ആശനങ്ങളെ അറിയിക്കട്ടെ നിങ്ങൾ ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന എല്ലാവരും ശാപമോക്ഷം പ്രാപിച്ചവരായി തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു ശാപം മാറ്റി തരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ശാപങ്ങൾ മാറണമോ നിങ്ങളുടെ ദുസ്വഭാവങ്ങൾ മാറണമോ നിങ്ങളുടെ ദുശീലങ്ങൾ മാറണമോ നിങ്ങളുടെ ദൂഷിച്ച പ്രവണതകൾ മാറണമോ നിങ്ങളെ കൃഷിച്ച സാഹചര്യങ്ങൾ മാറിക്കിട്ടണമോ നിങ്ങൾ മനസ്സുവെച്ചാൽ മതി ഇതാ രക്ഷകൻ ഗുരിശിന്മേൽ നിന്നിതിനായി കിടക്കുന്നു ഇതാ രക്ഷകനായി ശാപമേറ്റവനെ പോലെ കിടക്കുന്നു ശാപഗ്രസ്തനായി കിടക്കുന്നു മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശമിക്കപ്പെടാൻ എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തുക്കു വേണ്ടി ശാപമായി തീർന്നു ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ അവൻ വിലയ്ക്ക് വാങ്ങി ഹലോയാതയോത്തിന സ്ത്രോത്രം ന്യായ പ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് ക്രിസ്തു നമ്മെ വിലയ്ക്ക് വാങ്ങി സ്നേഹിതരെ നിങ്ങൾക്ക് വേണമോ ഈ യേശുവിനെ അവനിതാ നിങ്ങളുടെ അരികിലൂടെ മന്ദം മന്ദം നടക്കുന്നുണ്ട് നിങ്ങളുടെ ശാപം മാറ്റാൻ നിങ്ങളുടെ പാവം ക്ഷമിക്കാൻ നിങ്ങളെ കഴിവൊടിപ്പാക്കാൻ നിങ്ങളുടെ മേലെ ആത്മാവിന്റെ ജീവമാരി തൂകാൻ അവനിതാ നിങ്ങളുടെ അരിയിലൂടെ നടക്കുന്നുണ്ട് അവൻ നിങ്ങളുടെ സമീപത്തൊന്ന് നിൽക്കുന്നുണ്ട് അവന്റെ കാര്യം നിങ്ങളുടെ നേരെ നീട്ടിയിട്ടുണ്ട് അവനോട് നിങ്ങൾക്കൊരു വാക്ക് പറയാമോ എന്റെ കർത്താവേ ഇതുവരെ ശാവഗ്രസ്തനായി ഞാൻ ജീവിച്ചു ഇതുവരെ പാവത്തിന്റെ അടിമത്തത്തിൽ ഞാൻ ജീവിച്ചു ഇതുവരെ പിശാതിൽ ചൊൽപ്പടിയിൽ ഞാൻ ജീവിച്ചു സാത്താന്നെ അവന്റെ ഇഷ്ടത്തിനപ്പുറത്തവണ കൊണ്ടുനടന്നു എന്റെ കരുണയുള്ള കർത്താവെ ഞാൻ എന്റെ അവയവങ്ങളെ നിയന്ത്രിച്ചില്ല എന്റെ ജീവിതത്തിൽ പാവത്തിന് ഇടം കൊടുത്തുപോയി പൂർവീകന്മാരിൽ നിന്ന് വന്നതായിരുന്നു ശാപവും പാവവും എന്റെ മേലുണ്ട് എന്റെ കരുണിയുള്ള കർത്താവെ എന്നെ നീ വിടുവിക്കണമേ എന്റെ ബന്ധനം അഴിക്കണമേ എന്റെ പാവങ്ങൾ ക്ഷമിക്കണമേ എന്റെ ജീവിതത്തിൽ വന്നതായി കെടുതികൾ മാറ്റണമേ യേശുവേ ഇന്ന് എന്നെ പുതുക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കൂ യേശുവേ ഇന്ന് എന്നെ പുതുതാക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കൂ യേശുവേ ഇന്ന് ഇന്ന് ഇപ്പോൾ തന്നെ എന്റെ മേലിന്റെ കരം വെക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കൂ ഹാലലു ഹാലലു പ്രാർത്ഥിക്കുന്ന സമയത്ത് എല്ലാവരും ജാഗരൂകായിരിക്കണം കള്ളന്മാർ നിങ്ങളുടെ ഇടയിലുണ്ട് മോഷ്ടാക്കൾ നിങ്ങളുടെ ഇടയിലുണ്ട് സ്ത്രീകളിലും പുരുഷന്മാരിലും മോഷ്ടാക്കൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഓരോരുത്തരും ജാഗ്രതയോടി ദൈവത്തിന് സ്ത്രോത്രം കണ്ണിലെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ പോലും നിങ്ങളുടെ ഹൃദയം ജാഗ്രതയായിരിക്കട്ടെ ഓൾ ഇന്ത്യേഴ്സ് കണ്ണു തുറന്നു നോക്കിക്കൊണ്ടിരിക്കുക ഹാലലൂയ ഹാല ലൂയ പ്രാർത്ഥിക്കുന്ന സമയത്ത് എല്ലാവരും ജാഗ്രതയോടിരിക്കുക എല്ലാവരും എതിരേൽക്കുക ക്രൂശിക്കപ്പെട്ടനായി നിങ്ങളുടെ കണ്ണിനു മുമ്പിൽ വരച്ചു തന്നിരിക്കുകയാണ് ക്രൂശിക്കപ്പെട്ടനായി നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ് കടന്നു ഇത് നിങ്ങൾക്ക് ഏത് വലിയ യോഗം ചോദിക്കുകയാണ് യേശു കര നേടി നിൽക്കുകയാണ് അവന്റെ കരുത്തിൽ ആണിപ്പാടുണ്ട് ആ കരത്തിൽ തിരുരക്തമുണ്ട് ആ കരത്തിൽ കഴുകലുണ്ട് ആ കരത്തിൽ പരിശുദ്ധാൽ രോഗസൗഖ്യമുണ്ട് ആ കാര്യത്തിൽ ശാപമോചനമുണ്ട് ആ കരത്തിൽ ജീവന്റെ ആത്മാവുണ്ട് ആ കരത്തിൽ സ്വർഗശാന്തിയുണ്ട് ആ കാര്യത്തിൽ പുതിയ എറുസിലയുണ്ട് ആ കാര്യത്തിൽ പുതിയ ആകാശഭൂമിയുണ്ട് ആ കാര്യത്തിൽ നിത്യജീവനുണ്ട് ആ കരുത്തിൽ ജീവജലമുണ്ട് യേശു നിങ്ങൾ എരികെ തോന്നി നിൽക്കുന്നു കാര്യങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കുകയും നിങ്ങളുടെ ഹൃദയം എന്ന് പറയുന്നുണ്ടോ യേശുവേ ഇന്ന് മുതൽ ഞാൻ നിന്റെ നിങ്ങളുടെ ഹൃദയം പറയുന്നുണ്ടോ യേശുവേ ഇന്ന് മുതൽ ഞാൻ നിന്റെ അങ്ങനെ ഹൃദയം പറയുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ കാര്യങ്ങൾ ഉയർത്തു കരങ്ങളെ താഴ്ത്തിയടുവ കണ്ണു തുറന്നു തന്നെ ഇരുന്നാൽ മതീകരണിയുള്ള കർത്താവേ ജീവനുള്ള ദൈവമേ ഈ മനോഹരമായ ദിവസത്തിനായി ഞങ്ങൾ വീണ്ടും തന്നെ സ്തുതിക്കുന്നു കർത്താവേ ഇത്രത്തോളം അവിടെ നിന്ന് ഞങ്ങളെ സഹായിച്ചു ഈ നിമിഷം വരെ അവിടെ നിന്ന് ഞങ്ങൾക്ക് മതിയായവനായിരുന്നു ഇന്നലെ കണ്ടവൻ ഇന്നും കണ്ടിരിക്കുന്നു അവൻ നാളെയും കണ്ടിരിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു യേശു ക്രിസ്തു ഇന്നലെയും ഇന്നു എന്നേക്കും മാറ്റമില്ലാത്തവൻ എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ മക്കളെ അവിടെ തൊട്ടതിനായി സ്തോത്രം തീരുമാനമെടുത്തവരുടെ മേലെടുത്ത് കരം വെച്ചതിനായി സ്തോത്രം അപ്പ എല്ലാവരെയും വാഴ്ത്തണമേ എല്ലാവരും സമാധാനവും സന്തോഷമുള്ളവരായി ജീവിക്കാനിടയാക്കണമേ നിത്യജീവിന്റെ ഉറപ്പുള്ളവരായി കടന്നു പോകാനിടയാക്കണമേ എല്ലാ നന്മകളും നിറയ്ക്കണമേ വൈകുന്നേരത്തിൽ സുരക്ഷിക്കുക ഞങ്ങൾ ഒരുക്കണമേ യേശു സ്നേഹം നിറഞ്ഞ നാമത്തിൽ തന്നെ